സരംഭവത് സന്ദർശ്ര ശ്രീ ഗുരു അഷ്ട്രൃദയ നട്യാങ്ക ശുക്ല പീതോ ആദ്യ പങ്കളേ ശുക്ല ൃദയ പുണ്ഡരീകണ വിജിഷ്ടംസാധനസമ്പാഹ്യത്തെ തീയം മൂർധന്യ നട്യവർവ്യടീഖണ്ഡാരഭ്യത്തെ ഇഷ്ടമാധ്യായത്തിന്റെ ഷഷ്ടഖണ്ഡം ഇതിന് കൊടുത്തിരിക്കുന്ന പേരാണ് നാഡീഖണ്ഡം നാടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്തിനു വേണ്ടി പറയുന്നു ഹൃദയപുണ്ഡരീകഗതം യഥോക്തവിന് വിശിഷ്ടം ബ്രഹ്മ സത്യകാമ സത്യസങ്കല്പ എന്നെല്ലാം പറഞ്ഞു അങ്ങനെയുള്ള ബ്രഹ്മം അത് ഹൃദയപുണ്ഡരീകഗതമാണ് അതെങ്ങനെയാണ് ബ്രഹ്മചര്യാദി സാധന സമ്പന്നാധനസമ്പന്നനായി ഒരുവൻ തെക്ത ബാഹ്യ വിഷയാന വിഷയങ്ങളിലുള്ള കൃഷ്ണ ഉപേക്ഷിച്ചവൻ ആയി ഉപാസ്തേ അങ്ങനെ ഒരുവൻ ഉപാസിക്കുകയാണെങ്കിൽ തസേം അവന് മൂർധന്യ നാട്യ ഗതിർവർത്തവ്യ അങ്ങനെ ഒരുവന് മൂർധ അതിലുള്ള നാടിയിലൂടെ ഗതി സംഭവിക്കുന്നു ഊർധ ബ്രഹ്മലോകഗതി ഇതി നാഡീഖണ്ഡ ആരഭ്യത അതിനു വേണ്ടിയിട്ടാണ് നാടീഖണ്ഡം ഉപാസകന്റെ ഗതിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപാസകൻ എന്നുവെച്ചാൽ ആ ഉപാസനം ചെയ്യുന്ന ജീവൻ മൂർധാവിൽ പോകുന്ന ഹൃദയത്തിൽ നിന്ന് അതിനുമ്പ് പല ഭാഗങ്ങളിലും വന്ന് ചർച്ച ചെയ്തതാണ് ഹൃദയഭാഗത്ത് നിന്നും ജീവന്റെ സ്ഥാന ഹൃദയം പറയും ഭാഗത്ത് നിന്നും മൂർദാവിലേക്ക് പോകുന്ന നാടിയിലൂടെ നിർഗമിക്കും അത് വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാടി ഖണ്ഡം തൊട്ടടുത്ത് ആ നാടികളെ കുറിച്ച് വർണ്ണിക്കുകയാണ് അഥയ യഥാപക്ഷ്യമാണ് ഹൃദയ സേ പുരീക ഇനി അടുത്ത നാടികളെ കുറിച്ച് പറയും ഹൃദയത്തിൽ നിന്നുള്ള നാടി നമുക്ക് ഭൗതിക ശാസ്ത്രത്തിലും പറയുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ധമനികൾ നാടികൾ വ്യാപിച്ചിരിക്കുന്നു അതിലൂടെയാണ് രക്തം സഞ്ചരിക്കുന്നതെന്നെല്ലാം ഭൗതികമായും പറയും ഇവിടെയും പർഷികാരം പറയുന്നത് ഭൗതികമായ നാടികളെക്കുറിച്ച് അല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊരു ആത്മീയ നാടിയൊന്നുമില്ല അങ്ങനെ ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം ഭൗതികമായ നാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശപ്പെട്ട കാര്യമാണ് ഇവിടെ ഇപ്പം പറയുന്നത് ഹൃദയത്തിൽ നമ്മൾ ശരീരം കീറ നോക്കിയാൽ കാണുന്ന ഹൃദയം അതിൽ നിന്നുള്ള നാടികളെ തന്നെയാണ് ഹൃദയസ്യ പുണ്ടരീകാകാരസ്യ ബ്രഹ്മോപാസന സ്ഥാന ബ്രഹ്മോപാസനയ്ക്കുള്ള സ്ഥാനമാണത് സമ്പന്തിന്യോ നാട്യവും ഹൃദയ മാംസപിണ്ടാകും അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്ന ഹൃദയം മാംസപിണ്ടോ ഇപ്പൊ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന ഹൃദയം ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ ആ മാംസപിഡം തന്നെ നല്ല വേറെ ഹൃദയമാണ് അത് ഭാഷത്തിന്റെ പുതിയൊരു ശൈലിയാണ് അതിന് അങ്ങനെ നിഗൂഢതകളൊന്നുമില്ല പറയുന്ന കാര്യം നേരെ പറയുക തുറന്നു പറയുക മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക വ്യക്തമായി പറയുക ഭാഷയത്തിന്റെ രീതിയും പകുതി ഉള്ളിൽ വെച്ചിട്ട് പകുതി പുറമേ പറയുന്ന രീതിയൊന്നും ഭാഷയത്തിലില്ല നിഗൂഢത ഇതിനകത്തില്ല അതുകൊണ്ട് പിന്നെ നിഗൂഢതകളുടെ എന്തോരം ഒരുപാട് കല്പനകൾ വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറെ ഹൃദയമുണ്ട് പിന്നെ അതിൽ വേറെ നാടിയുണ്ട് അങ്ങനെ പോകും അങ്ങനെ ഒരാൾക്ക് വേറൊരു ഹൃദയത്തെ കല്പിച്ചാൽ മറ്റൊരാൾക്ക് വേറെ ഹൃദയത്തെ കല്പിക്കുക ഒരാൾക്ക് വേണമെങ്കിൽ തലയിൽ ഹൃദയത്തെ കല്പിക്കും ആർക്കാ ചോദ്യം ചെയ്യാൻ പറ്റുന്നു ഒരാൾ പറയുന്നത് അതെന്റെ അനുഭവമാണ് ഹൃദയം തലയിലൊരു ഹൃദയമുണ്ട് ഇതിങ്ങനെ പോകും കല്പനകൾ അതുകൊണ്ട് പോഷികാലും ഹൃദയം പറയുന്നത് ഹൃദയം മാംസപിണ്ട ഹൃദയമാകുന്ന മാംസപിണ്ട മാംസമുണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും തർക്കമില്ലല്ലോ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതിൽ നിന്ന് സർവതോ വിനസ്സത അതിൽ നിന്ന് സർവത്ര എന്ന് വെച്ചാൽ ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളിലേക്കും പ്രസരിച്ചിരിക്കുന്ന നാടികൾ ആ നാടികളിലൊന്നാണ് മൂർധാവിലേക്ക് പോകുന്നത് ഹൃദയത്തിൽ നിന്നും അതിലൂടെ എന്ന് പറയുന്നു ഇതിന് വ്യത്യാസം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പാസുകനെ സംബന്ധിച്ച് ഹൃദയം പുണ്ഡരീകാകാരമായ ഹൃദയം അവിടെ ഉപാസിക്കുന്നവന് വാസ്തവത്തിൽ സ്ഥൂലമായ ഹൃദയത്തിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അവന്റെ ഉപാസന അത് വെച്ച് മനോമയമാകുന്നു ഹൃദയ ഈ സ്ഥാനത്തെ ആശ്രയിച്ചിട്ടുള്ള മനോമയമായ പക്ഷെ അതിൻ്റെ സ്ഥാനം അതാണ് അതുപോലെ മനോമയമായ ഭാവങ്ങൾ ഹൃദയത്തിനോ നാടിക്കോ ഒക്കെ ഉണ്ടാകും അത് നിഷേധിക്കുന്നില്ല പക്ഷെ അതിൻ്റെ തുടക്കം വ്യക്തമായും എവിടെയാണത് ആരംഭിക്കുന്നത് അതി ബാഹ്യമായ സ്ഥൂലമായ നാടികം കാരണം പ്രപഞ്ചത്തിൽ ഏതിനെടുത്താലും അതിന് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നും മൂന്ന് ഭാവങ്ങളുണ്ട് ആധ്യാത്മികം ആദ്യഭൗതികം ആദ്യ ദൈവിക മൂന്ന് ഭാഗങ്ങളുണ്ട് അതെല്ലാത്തിനെയും അംഗീകരിക്കുന്നുണ്ട് എന്നാലും ഹൃദയ മാംസപിണ്ഡം അതിലുള്ള നാടികളെക്കുറിച്ച് പറയുമ്പോൾ അതിനെ തന്നെ ഗ്രഹിക്കണം മിനുസൃത ആദിത്യമണ്ഡലാധിപാര സ്നേഹ അതിനൊരു ഉദാഹരണം പറയുന്നു ഈ ഹൃദയത്തിൽ നിന്ന് നാടികൾ ഇങ്ങനെ ശരീരത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരുന്ന വ്യാപിച്ചിരിക്കുന്നത് ഏതുപോലെ ആദിത്യനിൽ നിന്നും രശ്മികൾ വ്യാപിച്ചിരിക്കുന്നത് നാനാഭാഗത്തേക്ക് ആദിത്യൻ ലേഖനായിരിക്കുന്നു പക്ഷേ നാനാഭാഗത്തേക്ക് രശ്മികൾ പ്രകാശം ചൊരിയുന്ന രശ്മികൾ സർവ്വത്ര വ്യാപിച്ചിരിക്കുന്നു അതുപോലെയാണല്ലോ ഈ മാംസകുണ്ടത്തിൽ നിന്നും ശരീരം മുഴുവൻ നാടികൾ ധമനികൾ വ്യാപിച്ചിരിക്കുന്നത് ദാശ്യത പിങ്കളസ്യ വർണ്ണവിശേഷ വിശിഷ്ട അണിമന സൂക്ഷ്മരസ്യൂർണ്ണ ഇവിടെ ഭാഷകാരം പറയുന്നു ഈ നാടികൾ നാടികൾക്കും ഈ നാടികൾക്കുള്ളിലെ രസങ്ങളുണ്ട് രക്തം പോലെയുണ്ട് ഇതും പല വർണ്ണത്തിലുണ്ട് അനൂര് പറയുന്നു പിങ്കള പിങ്കള പിങ്കളം എന്ന് പറയുമ്പോ മലയാളത്തിൽ പിത്തളം എന്ന് പറയും ബ്രാസ് അതിൻ്റെ പറഞ്ഞു പിത്തള എന്ന് പറയും ആ പറഞ്ഞു ഏകദേശം ചുവപ്പും മഞ്ഞയും കൂടെ കലർന്നവര് ചുവപ്പും അല്ല മഞ്ഞ രണ്ടും കൂടെ കലർന്നവരു അതാണ് ബ്രാസിന്റെ പിത്തളയുടെ പിത്തളം പിത്തളം എന്നെല്ലാം പറയും ആ വർണ്ണം അങ്ങനെയൊരു വർണ്ണമുണ്ട് വിശേഷ വിശിഷ്ട രസേന ഈ കഴിക്കുന്ന അന്നത്തിൽ നിന്നുള്ള ഉണ്ടാകുന്ന രസം പലതരത്തിലുള്ള രസങ്ങളുണ്ട് ആ രസം കൊണ്ട് അത് സൂക്ഷ്മമാണ് പൂർണ്ണ തഥാകാര ഏവ തിഷ്ടന്തി വർത്തന്തി ആ സൂക്ഷ്മമായ നാഡീരൂപത്തിൽ ആ നാടിക്കുള്ളിൽ രസങ്ങളോടുകൂടി പിങ്കള വർണ്ണത്തിലുള്ള നാടികളുണ്ട് തഥാ ശുക്ലസ്യ നീലസ്യ പീതസ്യ ലോഹിത രസസ്യ പൂർണ്ണ പറയുന്നു അതുപോലെ ഈ നാടികളും അതിൻ്റെ ഉള്ളിലുള്ള രസങ്ങളും ഈ നാടികളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ അത് വെള്ളപ്പായിരിക്കും നീല കറുപ്പായിരിക്കാം പീതം മഞ്ഞ ആയിരിക്കും ലോഹിതം ചുവപ്പായിരിക്കും അങ്ങനെയുള്ള രസങ്ങൾ കൊണ്ട് പൂർണമായ സർവത്ര അധ്യായം എന്നിവിടെ മന്ത്രത്തിൽ എല്ലായിടത്തും ചേർത്ത് മനസ്സിലാകും നാടിഹസ്താഹ പിളസിന്തി ശുക്ലീല അങ്ങനെ നാനാവർണങ്ങളോടുകൂടിയ നാടികൾ ശരീരത്തിൽ ഏഹൃദയത്തിൽ നിന്നും വ്യാപിച്ചിരിക്കുന്നു അത് ഒരു വർണ്ണത്തിലല്ല സൗരേണ തേജസ്ന പാക അഭി വൃത്തേന കല്പേന സമ്പർക്കാ എന്തുകൊണ്ടാ വർണ്ണം വരുന്നു ഈ നാടികൾക്ക് സൗരേണ തേജസ്സാ സൂര്യ തേജസ് അതാണ് ശരീരത്തിൽ പിത്താഖ്യേന പിത്തമായി ശരീരത്തിലിരിക്കുന്ന സൗര തേജസ് പാക അഭിനിവൃത്തേന അന്നം ഉളിച്ചെല്ലുമ്പോൾ പാകം സംഭവിക്കുന്നുള്ളു ആമാശയത്ത് പാകം കൊണ്ട് സൗര്യ തേജസ് ശരീരത്തിനുണ്ടല്ലോ സൂര്യ തേജസ്സിലാതെ ഒന്നും സംഭവിക്കില്ല പാകത്തിന് ആ സൂര്യ തേജസ്സും ആവശ്യം അതുകൊണ്ട് അന്നം ഉള്ളിൽ നടക്കുന്ന പാകം അടുപ്പിൽ വെച്ചുള്ള പാകമല്ല ശരീരത്തിന്റെ ഉള്ളിൽ പാകം കാരണം തേജസ് ഉള്ളിടത്തല്ല പാകം സംഭവിക്കും സൗര തേജസ് ശരീരത്തിനുണ്ട് ആമാശയത്തിലും ഉണ്ട് അതുകൊണ്ട് അവിടെ നടക്കുന്ന തേജസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് പിത്താഖ്യേന പാകാഭീന്ദ കഫേന ആ പിത്തം അതുകൊണ്ട് വരുന്നതാണ് സൗര തേജസ്സാണ് പിത്തം അവിടെ പാകം സംഭവിച്ച് കഫേനാൽപേന സംഭവം അത് പാകം കൊണ്ട് കഫവുമായിട്ട് കൂടിച്ചേർന്ന് പിങ്കളം പിങ്കളവർണ്ണമാകുന്നു അത് സൗരൻ തേജസ് പിത്താക്കി അപ്പം ആ സൂര്യ തേജസ് അതാണ് പിത്തം അവിടെ പാകം സംഭവിച്ചിട്ട് കഭുവുമായി ചെന്നിട്ടത് പിങ്കളവർണ്ണത്തിലായിത്തീരുന്നു പിത്തവും കഭുവും ചേരുമ്പോൾ അത് പിങ്കളവർണ്ണത്തിലാകുന്നു ഒരു രസം അതനുസരിച്ച് അരസത്ത് വഹിക്കുന്ന നാടികൾ തതേ വെച്ച വായ വാതഭൂയസ്വ നീലം ഭോതി പറയുന്നു അതേ സൗര തേജസ് തന്നെ പാകം കൊണ്ട് വാദവുമായി ചേരുമ്പോൾ അത് നീലരസമാകും നീലധമനികൾ വരും തതേ വച്ച കപഭയസ്വ ശുക്ലം അത് തന്നെ കഫത്തിന്റെ ആധിക്യം കൊണ്ട് അത് വെള്ളം നിറമാകും കഫേനെ സമതായം പീതം കഫം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് പീതവർണ്ണമാവും ശോണിത ബാഹുല്യന് ലോഹിതം ശോണിതം രക്തം കൂടിക്കഴിഞ്ഞാൽ അത് ചുവപ്പ് നിറമാകും ഇത് സൗര തേജസ്സായ പിത്തം മറ്റുള്ളതുമായി കൂടി ചേരുമ്പോൾ വാദം കഫം ഇതുമായിട്ടുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കഫത്തിന്റെ ആധിക്യം എന്നാൽ വെള്ളം നിറമാവും കഫം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പീതം നിറമാവും ശോണിത ബാഹുല്യ രക്തത്തിന്റെ ആധിക്യം വന്നു കഴിഞ്ഞാൽ ദോഹിതമാവും വൈദ്യാത്വ വർണ്ണവിശേഷ അനിഷ്ടവ്യ കഥംഭവൻ തീയതി പറയുന്നു എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു ത് വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി പോകുന്നു എന്ന് ഭാഷകാരൻ പറഞ്ഞു ഈ വർണ്ണവിശേഷങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് വൈദ്യശാസ്ത്രത്തിൽ സമാധാനമുണ്ട് ആമാശയത്തിൽ അന്നഞ്ചല്ലുന്നു അവിടെ പാകം സംഭവിക്കുന്നു പാകം കൊണ്ട് രസങ്ങൾ സംഭവിക്കുന്നു ആ രസങ്ങൾ പരസ്പരം സൗര തേജസ്സായ പിത്തവുമായി കൂടിക്കലരുന്നു അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുന്നു നാടികൾക്കും നാടിക്കൂടെയുള്ള രസത്തിനും വർണ്ണവ്യത്യാസം വരുന്നു ഈ കാര്യങ്ങളെല്ലാം വിശേഷിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വൈദ്യ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കണം ശ്രുതി ഇത്രയും പറയും എന്നാണ് ഭാഷ പറയുന്നു ശ്രുതി സ്തുഹാദിത്യസംബന്ധൈവേജസ് ഇതേ വർണ്ണവിശേഷ ശ്രുതി ഇവിടെ ഇത്രേം പറയുന്നു എന്താണ് ആദിത്യസംബന്ധ ഈ വർണ്ണം വരുന്നത് ആദിത്യന്റെ സൗര തേജസ്സായ ആദിത്യസംബന്ധം എന്ന് പറയുന്നത് ആദിത്യന്റെ തേജസ്സാണ് പിത്തം ആ പിത്വം കൊണ്ടുള്ള സംബന്ധം കൊണ്ട് തേജസ്സോ നാടി ഷോണിക ദസ്യ ആ തേജസ് നാടികളെല്ലാം വ്യാപിച്ചിരിക്കുകയാണ് ഏതേ വർണ്ണവിശേഷ അത് ഈ വിവിധ വർണ്ണങ്ങൾ പറയുന്നതിന് എന്താ കാരണം പറഞ്ഞു സൗര്യ തേജസ് സൂര്യൻ്റെ തേജസ്സിനുള്ള ഈ സൂര്യ തേജസ്സിലാണല്ലോ ഈ വർണ്ണങ്ങളെല്ലാം കാണുന്നത് സ്വാഭാവികമായിട്ടും അത് ഈ ആധ്യാത്മികമായ വരുമ്പോൾ ഈ ശരീരത്തിൽ വരുമ്പോൾ ആ സൂര്യ തേജസ്സുള്ള വർണ്ണങ്ങൾ തന്നെ ഇവിടെയും കാണുന്നു ഈ ശരീരത്തിനുള്ളിൽ ഹൃദയ നാടികളിലും നാടീരസങ്ങളിലും അത് കാണുന്നു അസോ ആദിത്യ പിങ്കിളോ വർത്തത ആദിത്യ ശുക്ലോ പീഷീതേഷ പീത യേശ ലോഹിത ആദിത്യ ഇവ പറയുന്നു ഈ ആദിത്യൻ ആണ് പിംഗള വർണ്ണത്തിൽ കാണുന്നത് ആദിത്യനെ നോക്കി അറിയാമല്ലോ രാവിലെയും മറ്റും നോക്കിയാലറിയാം അത് പല വർണ്ണത്തിൽ മാറുന്നു അതിനകത്ത് എല്ലാ വർണ്ണങ്ങളും കാണും അതുതന്നെയാണ് വെളുത്തിരിക്കുന്നത് അത് തന്നെ നീലനിറത്തിലിരിക്കുന്നു അത് പീതനറത്തിലിരിക്കുന്നു ലോഹിത നിറത്തിലിരിക്കുന്നു ആദിത്യം ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആദിത്യൻ്റെ തേജസ് ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതും അവിടെ പാകം അതിനും മാറ്റങ്ങൾ വന്നു ഈ നാടികളിലും ഇത് വരുന്നു അപ്പോൾ ആദിത്യനും ഈ ഹൃദയവുമായിട്ടുള്ള ബന്ധത്തെ പറയുന്നു അതിൽ തന്നെ എങ്ങനെയോ വർണ്ണമയനായിരിക്കുന്നത് അതുപോലെ ഹൃദയവും വർണ്ണമയമാണ് അത് തമ്മിൽ ഒന്ന് അതിഭൗതികമായി നിൽക്കുന്നു ഒന്ന് ആധ്യാത്മികമായിരിക്കുന്നു വ്യത്യാസം ഇതെന്നെ ഇവിടെ പറയുന്നത് ഉപാസനക്ക് വേണ്ടിയിട്ട് അതിന് ഭൗതികമായും ഇത് കേവലം ഉപാസനയ്ക്ക് വേണ്ടിയില്ല ഭൗതികമായും അതിനൊരു സംഗത്യം ഉണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഗ്രന്ഥത്തെ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ വൈദ്യഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് മഹാകഥ ആ തോതി രശ്മയാ ഉ अमुष्मद् आदित्यं पर्टायन्दे ता असनाडीशः श्रुता अभ्यो नाडीभ्य पर्टायन्दे देह अमुष्मिन् आदित्ये श्रुक्ताह तस्य अध्यात्मं नाडेभिः कदन सम्बन्ध इति इतर दृष्टान्तम अस्ति आदित्यं आदि बोधियम् अयम् അല്ലെങ്കിൽ ആദ്യ ദൈവികമായിരിക്കുന്ന ആദിത്യനൻ കാണുന്ന ആവരണങ്ങൾ എങ്ങനെയാണ് അധ്യാത്മമായ അതായത് ഈ ശരീരത്തിലുള്ള നാടികളുമായിട്ടുള്ള സംബന്ധം എങ്ങനെ വരുന്നു അതിന് ദൃഷ്ടാന്തം പറയുന്നത് എങ്ങനെയാണ് തത്ത് യഥാ യോഗ മഹാൻ വിസ്തീർണ്ണ പന്ത്ര മഹാപഥാത ഉപഗ്രാമൂഗതി ഇവിടെ ഒരു ഗ്രാമം വളരെ ദൂരം ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയുണ്ട് അതിനുള്ളൊരു പറഞ്ഞ ലോക ഈ മഹാൻ വിസ്തീർണ്ണ പന്ധ വളരെ നീണ്ട ഒരു വഴി മഹാപഥ ആത് വ്യക്ത അതെങ്ങനെ ബഹുഗ്രാമോ ഗതി രണ്ട് ഗ്രാമത്തിലേക്കും ആ ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്കും വരാം ഗ്രാമത്തിൽ നിന്ന് അവിടേക്കും പോകാം ഗ്രാമം രണ്ടും രണ്ടാണ് രണ്ട് സ്ഥലത്താണ് പക്ഷേ ഈ വഴി എന്താണ് അത് വളരെ വിസ്തീർണമായിരിക്കുന്നു എന്നുവെച്ചാൽ പരന്നുള്ളതല്ല വളരെ നീളത്തിൽ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റേ ഗ്രാമം വരെ നീണ്ടു കിടക്കുന്നു അപ്പൊ വഴിയുടെ പ്രത്യേകത എന്താണിത് രണ്ടു ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്നു അതിൽ നിന്ന് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം ഇമംച സന്നിഹിതം അമും ച വിപ്രകൃഷ്ടം ഈ ഗ്രാമത്തിൽ നിന്ന് ആ വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴി തന്നെയാണ് ഈ ഗ്രാമത്തിലെത്തിക്കുന്നത് അതേ വഴി തന്നെയാണ് മറു ഗ്രാമത്തിലും അതാണ് സന്നിഹിതം അമുംച്ച വിപ്രവിഷ്ടം ദൂരസ്വേ ദുഷ്ടാന്തോ മഹാപദൂഗ്രാമ്രവിഷ്ഠ എന്നൊക്കെ കുറെ എന്താണ് ആ ഒരു വഴി രണ്ട് ഗ്രാമത്തിലും രണ്ട് ഗ്രാമത്തിലേക്കും കടന്നിരിക്കുന്നു ഒരേ ഒരു വഴി വഴി ഒന്നേ ഉള്ളൂ പക്ഷേ രണ്ട് ഗ്രാമത്തിലും ആ വഴി പ്രവേശിച്ചിരിക്കുന്നു വേദാദിത്യ രശ്മി ഉമം ആദിത്യമണ്ഡലം ഇമം ഉഭേത്ര പ്രവിഷ്ട അതുപോലെയാണ് ഈ ആദിത്യ രശ്മികൾ ആദിത്യന്റെ രശ്മികൾ ആ വഴിയായിട്ടെടുക്കുക അതിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അതിലൂടെ നേരെ ആദിത്യൻ്റെ എത്താം അവിടെ നിന്ന് തിരിച്ചാലും ഈ ഹൃദയത്തിലെത്താം ഈ ഹൃദയവും ആദിത്യനുമായി ബന്ധിപ്പിക്കുന്ന വഴിയാണ് ആ രശ്മികൾ രണ്ടിലെത്തിച്ചേരുന്നു ലോകു അമും ചതിത്യമണ്ഡലം ഇമം ച പുരുഷം ഗച്ഛന്തി ഉഭേത്ര പ്രവിഷ്ട യഥാമഹാപഥ അതുകൊണ്ട് അതിനെന്ത് പറയുന്നു പെരുവഴി വലിയൊരു വഴി കഥം അമുഷ്മാതാദിത്യമണ്ഡലാത് പ്രഥായ സന്താഭവന്തി ഹൃദയദേശത്തെത്തിച്ചേരുന്ന രശ്മികൾ ആദിത്യമണ്ഡലത്തിൽ നിന്ന് നാനാദേശത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു തഥാ അധ്യാത്മമാസു പിങ്ക്ളാദി വർണാസു യഥോക്ത സുനാടി തൃപ്താഹാഹ പ്രവിഷ്ഠ അതുപോലെ തന്നെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ ഹൃദയ മാംസ അവിടെയുള്ള തിങ്കള ആദി വർണ്ണത്തിലുള്ള നാടികളിൽ അത് പ്രവേശിച്ചിരിക്കുന്നു ആദ്യത്തെ മണ്ഡലത്തിൽ നിന്ന് അത് ഹൃദയദേശം വരെ എത്തി സർവത്ര വ്യാപിച്ചിരിക്കുന്നു അഭ്യാഡി പ്രധാന പ്രവൃത്ത സന്താനഭൂത സതി സത്യത്യുഷ്മിൻ എന്ന് പറയുന്ന ഹൃദയവുമായിട്ടുള്ള സൂര്യന്റെ ബന്ധത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു ഇതിന് ഹൃദയത്തിന് അതുമായിട്ട് ബന്ധമുണ്ട് ആദ്യത്തേനില് വർണ്ണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെയും വർണ്ണമുള്ളത് രശ്മി നോഭയ ലിംഗത്വത്തിന്റെ രശ്മി ലിംഗത്തിൽ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുക അതുകൊണ്ട് കൂടെ താഹ തേ രണ്ടുപയോഗിച്ചു നാടികളെ കുറിച്ച് പറയണം ഉപാസകന് ഈ നാടിയിലൂടെയുള്ള ആ ജീവന്റെ ഊർജ്ജത ഉപാസിക്കണം അതിന് വേണ്ടിയിട്ട് നാടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വർണ്ണത്തെ കുറിച്ച് പറഞ്ഞു അതിനുമ്പോൾ നമ്മൾ ചരിച്ചെടുത്തിട്ടുണ്ട് ആ ഹൃദയത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ആ നാടേ മുഖത്തിൽ അത് ജലിക്കും പ്രകാശിക്കും ആ പ്രകാശത്തെ ഉപാസനം ധ്യാനിക്കുന്നു അങ്ങനെ ജീവൻ അതിനെ പിന്തുടർന്ന് ആ നാടിയിലൂടെ സഞ്ചരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു അത് മനോമയമായ ഉപാസനെക്കുറിച്ച് പറഞ്ഞു ഇവിടെ ഭൗതികമായ ആ ഹൃദയത്തിൽ ആണിതിനെല്ലാം ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നാഡീ നാടികളുടെ വർണ്ണം അവനോടുള്ള സൂര്യനുമായിട്ടുള്ള ബന്ധം ഈ ഉപാസനയിലൂടെ അവൻ എത്തിച്ചേരുന്ന സൂര്യലോകമാണ് അപ്പം സൂര്യലോകത്തിന് വേറുതയുമായിട്ടൊരു ബന്ധമുണ്ട് ഭൗതികമായൊരു ബന്ധം ഇനി സൂക്ഷ്മമായ മനോമയമായൊരു ബന്ധം ഇതിനെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നത് എത്രയേത് സുപ്ത സമസ്ത സ്വപ്നം വിജ്ത നാടീശസ്രിപ്പോ കൃഷന പാത്മാപൃശതി തേജസംപന്നോത്രം സദ്യ അത്രേ സ്വപനം യം ജീവ സുപ്തോഭവത്തി എത്രയേത് സുപ്തസമ്പന്നീണ്ടും സുഷുപ്തിയിലേക്ക് പോകാൻ ശ്രുതി ഇതാണ് വാസ്തവസ്ഥിതി ആദിത്യനും ഹൃദയവുമായിട്ടുള്ള ബന്ധം ആദിത്യവർണവും ഹൃദയവുമായിട്ടുള്ള ബന്ധം നാഡി ചശ്മികളുമായിട്ടുള്ള ബന്ധം നാടിയിലൂടെ രശ്മികളിലൂടെ ആദിത്യ മണ്ഡലത്തിൽ ജീവൻ എത്തിച്ചേരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സി വച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എത്രയോ സതി എത്രയും ശൃംഖല സ്വപനമായും ജീവസ്വത്വതീ ജീവൻ തന്നെ ഈ നാടിയിലൂടെ ശരീരത്തിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന ഈ ജീവൻ ഉറങ്ങുന്നത് സ്വാപശുദ്ധിപ്രകാരത്വ വിശേഷണം സമസ്ത തത് എത്രേത് സു സമസ്ത സമ്പന്ന സമസ്താന്ന് എന്തിനു പറഞ്ഞ ഭാഷകാലം പറയുന്നത് സുഷുപ്തി രണ്ടു തരത്തിലുണ്ട് ഒന്ന് സ്വപ്നം ഒന്ന് ശരിയായ സുഷുപ്തിവാപസ് പ്രകാരത്വം രണ്ടു തരത്തിലുണ്ട് ഉപസംഹൃത സർവകരണവൃത്തിരി ഇവിടെ പറയുന്നത് സ്വപ്നമല്ല ശരിയായ ഉറപ്പ് അല്ലെങ്കിൽ നിദ്ര ആ നിദ്ര അവിടെ എന്താണ് ഉപസംഹൃത കർണവൃത്തി കർണവൃത്തികളെല്ലാം ഉപസംഹരിച്ചിരിക്കുന്നു ആ ജീവൻ തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചിരിക്കുന്നു അതോ ബാഹ്യവിഷയ സമ്പർക്ക ജനിത കാഭാവാ ആ ഗാഠനിദ്രയിൽ ബാഹ്യവിഷയ സമ്പർക്ക ജനിതമായ കാലുഷ്യങ്ങളൊന്നും അവിടെയില്ല മനസ്സിൽ കലക്കമില്ല മനസ്സിൽ രാഗദ്വേഷങ്ങളില്ല സുഖ ദുഃഖങ്ങളില്ല മാനാഭിമാനങ്ങളില്ല ജയപരാജയങ്ങളില്ല ദില്ല മനസ്സിലെ ദന്ദ്ങ്ങളാണ് കാലുഷ്യങ്ങള് കാഷ്യങ്ങളില്ലാത്തോണ്ട് എന്താണ് സംപ്രസന്നു പറഞ്ഞ് സംപ്രസാദ സംപ്രസീതി എന്നെല്ലാം പറഞ്ഞു അവൻ സംപ്രസന്നനായിരിക്കുന്നു പ്രസന്നഹ സംപ്രസന്നോഭോതി ഈ കാലുഷ്യങ്ങളുള്ളപ്പോഴാണ് മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോഴാണ് പ്രസന്നത നഷ്ടപ്പെടുന്നത് ആ സുഷപത്തിയിൽ സമ്പ്രസാദനായിരിക്കും എന്ന് പറയുന്നു വളരെ സുഖമായി ഉറങ്ങി അവിടെ യാതൊരു കാര്യഷ്യുമില്ല അതൈവ സ്വപ്നം വിഷയാകാരാഭാസം മാനസം പ്രത്യം ന വിജാനാതി നാനുഭവതി അതുകൊണ്ട് തന്നെ അവിടെ സ്വപ്നമില്ല ജീവൻ സമ്പ്രസന്നനായിരിക്കുമ്പോൾ സ്വപ്നമില്ല സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് വിഷയാകാരാഭാസം മനസ് വിഷയാകാരാപിക്കുന്നത് പ്രാപിക്കുന്നത് വിഷയങ്ങൾ ഗ്രഹിക്കുന്നത് അതവിടെ അനുഭവിക്കുന്നില്ല സ്വപ്നത്തെ അനുഭവിക്കുന്നില്ല യുവം സുക്തോരേജാസുക്തീഷു തധാതോ നാടേഭർദ്വാരൃദയാ അതിലാ മുഖ്യമായ നിദ്ര എടുക്കുന്നു ഗാഠനിദ്രയെന്ന് പറയും സുഷൃത്തി എന്ന് പറയും അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ദൈവം സുപ്ത അജീവൻ ജാഗ്രത സ്വപ്നവും വിട്ട് സുപ്തഭോതി ഉറങ്ങുമ്പോൾ ആസു സൗര തേജപൂർണാസു യഥോക്താസു നാടീഷു സൗര തേജപൂർണമായിരിക്കുന്ന ഈ നാടികളിൽ സദാ സർപ്ത ബാക്കിയെല്ലാം വിടുന്നു ഈ സ്ഥൂലമായ ഭാവങ്ങളെല്ലാം വിട്ടിട്ട് ഈ ഹൃദയത്തിൽ നിന്നും നിർഗമിക്കുന്ന സൂക്ഷ്മനാടികളിൽ ഇവൻ പ്രവേശിക്കുന്നു ജീവൻ പ്രവിഷ്ട നാഡീവർ ആ നാടികളിലൂടെ പ്രവേശിച്ചിട്ട് അതിന്റെ കേന്ദ്രം ഏതാണ് ഹൃദയം ഹൃദയത്തിൽ എന്താണ് ഹൃദയാകാശങ്ക ഹൃദയാകാശത്തിലെത്തിച്ചേരുന്നു ജീവൻ സർവവ്യാപിയാണ് ആ പാത ചൂടൻ ജീവൻ വ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ അത് സുഷുപ്തി സമയത്ത് എങ്ങനെ ആ നാടികളിലേക്ക് പ്രവേശിച്ച് നാടികളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വിഷയഗ്രഹണമില്ല അതും അവിടെയിരിക്കുന്നില്ല അതിലൂടെ സഞ്ചരിച്ച് നാടികളിലൂടെ ഹൃദയദേശത്ത് എത്തിച്ചേരുന്നു അന്യത്ര സസമ്പത്തേ സ്വപ്ന ദർശനം അസ്ഥിതി സാമർഥ്യ നാടീശ്വതി സപ്തമി തൃതീയത്വഭോധി സപ്തമിയെ ബാധിക്കേണ്ട അർത്ഥമാണ് നാടികളിൽ എന്നാണ് ഭാഷകാരം പറയുന്നത് നാടികളിൽ അല്ല ഹൃദയത്തിലാണ് പിന്നെ നാടീശ്വനത്തിന് പറയുന്നത് നാടി ദ്വാര തൃതീലർത്ഥമാണ് ഹത്ര സത്സമ്പത്തേ സത്സമ്പത്തിയിലല്ലാതെ സ്വപ്നാദർശനം ഈ ഇവിടെ മുമ്പ് പറഞ്ഞ വിഷയാകാരാഭാസം ഇല്ലാതിരിക്കാതെ മറ്റൊടുത്ത് സംഭവിക്കത്തില്ല എന്ന് വെച്ചാൽ ആ സത്സമ്പത്തിയിൽ മാത്രമേ അനുഭവം ഇല്ലാതെ ഉള്ളൂ ജാഗ്രത സ്വപ്നവും സ്വപ്നമാണ് രണ്ടുമെന്താണ് വിഷയാകാരാഭാസം അതുകൊണ്ടാണ് അതിന് സ്വപ്നം എന്ന് പറയുന്നത് അപ്പൊ സത്സമ്പത്തിയിൽ മാത്രമേ ഇതിൽ ഉണ്ടാകാതിരിക്കുന്നുള്ളു ജാഗ്രതത്തിൽ സ്വപ്നത്തിൽ സത്സമ്പത്തി ഇല്ല എന്തുകൊണ്ടവിടെ വിഷയാകാര ആഭാസമുണ്ട് സുഷൃത്തിയിലാണെങ്കിലോ അവിടെയില്ല അതൊന്നുമ പറഞ്ഞ ഹന്യത്ര ബ്രഹ്മപ്രാപ്തിയും ആത്മപ്രാപ്തിയും ബ്രഹ്മവിദു വന്നത് ആ സുഷൃത്തിയിലല്ലാതെ വേറെടുത്തതും ബ്രഹ്മപ്രാപ്തിയില്ല സത്സമ്പത്തി ഇല്ല അങ്ങനെ സത്സമ്പത്തി സ്വീകരിക്കുന്നില്ല ബ്രഹ്മവിത്തുക്കൾ സ്വീകരിക്കുന്നില്ല അത് എന്നെവിടെയും പറയുന്നു നഹി അന്യത്ര സത്സമ്പത്തേ സത്സമ്പത്തിയിലല്ലാതെ എന്ന് വെച്ചാൽ സുശക്തിയിൽ അല്ലാതെ സ്വപ്നദർശനം നാസ്തി വേറെടുത്തും ഇല്ല എന്ന് സ്വപ്നങ്ങളില്ല അവിടെ മാത്രമേ ഉള്ള വിഷയാകാര അഭാസം ഇല്ലാതിരിക്കുന്നു ഈ സാമർഥ്യം നാടീശ്വതി സപ്തമി തൃതീയ വിവരണം ചെയ്യുന്നുണ്ട് നാടീദ്വാരെത്തിച്ചേർന്നു അവിടെ സത്സമ്പത്തിൽ എന്താണ് സമസ്ത സം പ്രസന്ന സ്വപ്നം എന്ന ബിജാനാദി സ്വപ്നമില്ല എന്നുവെച്ചാൽ ജാഗ്രത സ്വപ്നങ്ങളല്ല കേവലം സ്വപ്നമല്ല ആ സമ്പത്തിൽ മാത്രമുള്ള നാടീഷ് നാടികളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നാഡീദ്വാരൃദയദേശത്ത് പ്രവേശിച്ചിരിക്കുന്നു തന്ന കസ്റ്റന പത്മാശതി അവൻ മുക്തനാണ് ആ സുഷുപ്തൻ മുക്തനാണ് എങ്ങനെയെന്ന കസ്വന പത്മാസ്പർശതി അവനെ പാപമൊന്നും സ്പർശിക്കുന്നില്ല അസസമ്പത്തിയിൽ തേജസി സമ്പന്നോ പോതി അത് വ്യാഖ്യാനിക്കും സമ്പന്നം കസ്റ്റന കസ്റ്റിദി ധർമാധർമ്മരൂപ പത്മാസ്പർശതി അസസമ്പത്തിയിൽ അവൻ സമ്പ്രസാദനായിരിക്കുമ്പോൾ ധർമാധർമ്മ രൂപത്തിലുള്ള പാപങ്ങളൊന്നും അവനെ സ്പർശിക്കുന്നില്ല അല്ലെങ്കിൽ ധർമാധർമ്മ പുണ്യപാപ ഫലമായി വരുന്ന സുഖതത്വങ്ങൾ അവനെ സ്പർശിക്കുന്നില്ല എന്തുകൊണ്ട് സ്വരൂപ അവസ്ഥിതത്വ തദാത്മന ആത്മാ അപ്പോൾ ജീവൻ സ്വരൂപസ്ഥിതനാണ് എവിടെ സുഷക്തിയെക്കുറിച്ചാണ് പറയുന്നത് സമാധിയല്ല തെറ്റിദ്ധരിക്കരുത് സുഷൃപ്തിയിൽ സ്വരൂപ അവസ്ഥിതത്വ സുഷൃപ്തിയിലാണ് സ്വരൂപസ്ഥിതി ജാഗ്രത സ്വപ്നങ്ങളില്ല എന്തുകൊണ്ട് അവിടെ വിഷയപ്രതീതിയുണ്ട് വിഷയാനുഭവമുണ്ട് സുഹൃപ്തിയിൽ അതില്ല അതുകൊണ്ട് വിശിഷ്ടം ഹി സുദുഖകാര്യ പ്രധാനേന പത്മാതി പറയുന്നു ജാഗ്രതങ്ങളിൽ എന്താണ് ദേഹേന്ദ്ര വിശിഷ്ടനാകുന്നു ആ പുരുഷൻ ജീവൻ സുഖ ദുഃഖ കാര്യപ്രധാനേന അവനെ പാപം സ്പർശിക്കുന്നു പാപം എങ്ങനെ സ്പർശിക്കുന്നു സുഖദുഖ പ്രധാനേന പുണ്യപാപങ്ങൾ രണ്ടും രണ്ടും പാപമാണ് അതവനെ സ്പർശിക്കുന്നു എങ്ങനെ സുഖ സുഖവും ദുഃഖവും നൽകുന്നു പുണ്യം സുഖത്ത് നൽകുന്നു പാപം ദുഃഖത്തെ നൽകുന്നു അതുകൊണ്ടവനെ സ്പർശിക്കുന്നു ദേഹേന്ദ്രിയ വിശിഷ്ടനായിത്തീരുമ്പോൾ ജാഗ്ര സ്വപ്നങ്ങളും മതസത്സമ്പന്നം സത്സമ്പല്ല സുഷുപ്തിയിൽ സ്വരൂപാവസ്ഥ അവിടെ സ്വരൂപസ്ഥിതിയാണ് കസ്റ്റിതബി പത്മാഷ്ടുസഹതി അവനെ ഒരു പാപത്തിനും ഒന്ന് സ്പർശിക്കാൻ കൂടി ധൈര്യപ്പെടുത്തില്ല എന്തെങ്കിലും ഒരു ദോഷം ആ സംപ്രസന്നനായിരിക്കുന്നവനെ നിദ്രയിലിരിക്കുന്നവനെ ഒരു ദോഷവും സ്പൃഷ്ടും എന്നുവെച്ചാൽ ഒന്ന് സ്പർശിക്കുന്നവനോ അവന് ലേശം പോല എന്താണോ ഒന്ന് തൊടാൻ പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ലേശമില്ലെന്നാണ് ഒന്നുമില്ല അവൻ എനിക്കതൊന്നും തൊട്ടു നോക്കാൻ പോലും കഴിഞ്ഞില്ല ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണമായും നിഷേധിക്കും പാപസംബന്ധം ദുഃഖ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധനം ഒന്നുപോല യാതൊന്നും തന്നെ അവിടെ എന്താണ് സസമ്പന്നം സ്വരൂപാവസ്ഥൻ സ്വരൂപസ്ഥിതനാണ് അവിടെ മറ്റൊന്നുമില്ല എന്തുകൊണ്ട് ആ വിഷയത്വാ എന്താ അവിടെ സ്പർശിക്കാനുള്ളത് സുഖത്തെ അനുഭവിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കുന്നു പാപത്തെ അനുഭവിക്കുന്നു പുണ്യത്തെ അനുഭവിക്കുന്നു എന്തുകൊണ്ട് അതെല്ലാം വിഷയങ്ങളാകുന്നുണ്ട് മനസിന്റെ വിഷയമാകുന്നുണ്ട് അറിവിന് വിഷയമാകുന്നുണ്ട് അറിവിന് ഇതെല്ലാം വിഷയമായി കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും അറിവിന് അഹം വിഷയമാകുന്നു മമത വിഷയമാകുന്നു ശരീരം വിഷയമാകുന്നു ശബ്ദസ്പർശരൂപരസന്ധങ്ങൾ വിഷയമാകുന്നു അവിടെ സുഖദുഃഖങ്ങൾ വിഷയമാകുന്നു എവിടെ ആ വിഷയവിഷയീഭാവമുണ്ടോ അവിടെ ദുഃഖമുണ്ട് വിഷയവിഷയി ഭാവത്തിൽ ദുഃഖത്തിൽ നിന്ന് മോചിക്കാൻ ആർക്കും സാധ്യമല്ല അവിടെ ദുഃഖമുണ്ടാവും ഓ വിഷയവിഷയി ഭാവത്തിൽ എനിക്ക് പരമാനന്ദ സുഖമാണ് ഞാൻ സുഖമേ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദുഃഖം കാത്തിരിക്കുന്നുണ്ട് അത് വന്നി വന്നോളൂ അതിനെ പ്രതീക്ഷിക്കുക പ്രതീക്ഷിച്ചില്ലെങ്കിലും വരെ കല്പാന്തം വരെ ഞാൻ സുഖത്തിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതിനൊരന്ധം ഉണ്ടല്ലോ ആ കല്പ അന്തത്തോടുകൂടി സുഖത്തിനും അന്തം വരും അത് സമാധിസുഖമായാലും ശരി ഏത് സുഖമായാലും ശരി എന്തുകൊണ്ട് വിഷയവിഷയിഭാവം ഉള്ളെടുത്ത് അവിടെ സുഖ ദുഃഖം വരും പാപപുണ്യങ്ങൾ വരും അത് സംസാരമാണ് അത് ബന്ധനമാണ് സുഷുദ്ധിയെങ്കിലും അഭിഷേകത്തോ അതവിടെ വിഷയമില്ല എന്താ വിഷയമുണ്ട് യാതൊന്നും ഇവിടെ വിഷയം എന്തുകൊണ്ട് സ്വരൂപാവസ്ഥ സസമ്പന്നം അതിനങ്ങനെ പറയാൻ പറ്റുള്ളൂ സ്വരൂപസ്ഥിതിയാണ് സസമ്പത്തിയാണോ അന്യോ അന്യസ്യ വിഷയോഭൗതി ഇന്നതോ അന്യത്വം സസമ്പന്ന വളരെ വ്യക്തമായി പറയുന്നു ഇതൊരു സംശയത്തിനോട് സസമ്പന്നനായിരിക്കുന്നു എന്ന് പറഞ്ഞത് വേറെ ആരെ കുറിച്ചും ഇത് ഓരോ ജീവനെ കുറിച്ചും പറയുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് കേക്കാതിരിക്കുന്നവരെ കുറിച്ചും പറയുന്നതാണ് വെച്ചാൽ ഉറങ്ങിപ്പോയവരെ കുറിച്ച് രണ്ടുപേരെ കുറിച്ചും പറയുന്ന എന്താണ് സസമ്പന്ന സസമ്പന്നനായിരിക്കുന്നവൻ നിദ്രയിലിരിക്കുന്നവൻ കാട സുഷ്ടിരിക്കുന്നവൻ അവന് എന്താണ് അന്യത്വം അവിടെ അന്യഭാവമില്ല താൻ തൻ്റെ വിഷയം അങ്ങനെ ഒന്നുമില്ല കേനചിത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അന്യത്വത്തെ അവിടെ സമർത്ഥിക്കാൻ വയ്യ കേവലമായ ആത്മാവല്ലാതെ സസമ്പത്തി അല്ലാതെ കുതശ്ചിത് ഏതെങ്കിലും ഒന്നുകൊണ്ട് അവിടെ ഒരു അന്യത്വം വരിക ഞാൻ എൻ്റേത് എന്നൊന്ന് വരിക ആത്മാവല്ലാതെ മറ്റൊന്നവിടെ വരുക അരത്തിനുമുള്ള ദ്വൈതത്തെ അവിടെ അംഗീകരിക്കുന്നില്ല ഏകമേവദ് നേരത്തെ ശ്രുതി അതിനെ കുറിച്ച് പറഞ്ഞത് സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സതിസമ്പദ് സതിസമ്പദ് മഹേ ഇതെല്ലാം പറഞ്ഞ കാര്യത്തെ തന്നെ ഇവിടെ പറയുന്നു കേനജിത് കുത നിങ്ങൾ ഇനി എന്തെങ്കിലും ഒന്നിനെ പൊക്കിക്കൊണ്ട് വരരുതല്ല അവിടെ ആസ്ത സമ്പത്തി അല്ല ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നു അദ്വൈതമില്ല അവിടെ ഏകമേവ അദ്വൈതം അങ്ങനെയാണ് ഈ രണ്ട് പദം ഉപയോഗിക്കുന്നത് കേനചിത് ഏതെങ്കിലും ഒരു രീതിയിൽ കുതശ്ചിത് എന്തെങ്കിലും ഒന്ന് നിമിത്തമായി അവിടെ രണ്ടാമതൊന്ന് വരിക ഒരു വിഷയം വരിക എന്നത്വ അന്യത്വം അന്യത്വം വരിക അന്യത്വം വരുന്ന എന്ത് വേണം ഞാനിവിടെ ഇരിക്കുന്നു എന്റെ മുമ്പിൽ പുസ്തകവും മേസിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയാം ഈ പുസ്തകത്തിൽ നിന്നും മേസിയിൽ നിന്നും ഞാൻ അന്യനാണ് ദ്വൈതത്തിലെ അന്യത്വമുണ്ട് രണ്ടുള്ളടത്തേ ഉള്ളൂ സുഷത്തിയിൽ കേവലമായ ആത്മാവ് മാത്രം അതുകൊണ്ട് നത്വ അന്യത്വം അവിടെ അന്യത്വമില്ല അന്യത്വമില്ലാത്ത കൊണ്ട് അവിടെ വിഷയമില്ല അന്യോഹി അന്യസ്യ വിഷയോഭൂതി തനിക്ക് ഒന്ന് വിഷയമാകണമെങ്കിൽ തനിക്ക് അന്യമായൊന്നു വേണം രസസമ്പത്തിയിൽ അന്യോ അന്യസ്യ വിഷയവും അന്യം ഇല്ല അതുകൊണ്ട് അന്യം അന്യന് വിഷയമാകുന്നില്ല എന്നെ കേവലമായ ആത്മാവ് മാത്രം ഒന്നും സംസ്കൃതം വലിയ പിടിയില്ലെങ്കിലും ചിലരൊക്കെ സൂക്ഷിച്ചു നോക്കുകയാണ് ഇത് എഴുതിയിരിക്കുന്നത് തന്നെ വ്യാഖ്യാനിക്കുന്നത് അത് എന്തെങ്കിലും കഴിയുന്നിട്ട് പറയുകയാണോ ഇത്രയും തറപ്പിച്ച് പറയുന്നു അവിടെ മറ്റൊന്നുമില്ല ഒന്നുകിൽ ഇത് സുഴുപയെ കുറിച്ചായിരിക്കില്ല പറയുന്നു അല്ലെങ്കിൽ ഇത് ഈ പുസ്തകത്തിൽ ഇല്ലാത്ത ആയിരിക്കും പറയുന്നു ഇവിടെ പറയുന്നു എന്താണ് അന്യോഹ്യ അന്യസ്യ വിഷയവും ഭൗതി അന്യനെ അന്യന വിഷയമാകൂത്തു അന്യത്വം അവിടെ അന്യത്വമില്ല കേരളീ കുതശ്ചിത ഒരു തരത്തിലും നിങ്ങൾക്ക് അത് സമ്മർദ്ദിക്കാൻ കഴിയില്ല ആത്മാവല്ലാതെ അവിടെ മറ്റൊന്നുമില്ല സസമ്പന്നസ്യ സസമ്പന്റി പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണ ചോദിക്കുന്ന പഴയ ചോദ്യം വരും നമ്മൾ ചോദിച്ചു തുടങ്ങിയ ചോദ്യം എന്താണ് സ്വരൂപ ോ ജാഗ്രതാവസ്ഥാഹ്യ പ്രതിബോധോ അവിദ്യ കാമ കർമ്മ ബീജസ്മ ഷഷ്ടി പ്രത്യേകം ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം മുമ്പേ പറഞ്ഞു കഴിഞ്ഞാണ് പക്ഷെ വീണ്ടും ചോദിച്ചാൽ വീണ്ടും പറയാം പുതിയതായിട്ടൊന്നും പറയാനില്ലെന്നാണ് ഭാഷകാരം പറയുന്നത് എന്താണ് ചോദിക്കുന്നത് അങ്ങനെ കേവലമായ സസമ്പത്തിയാണ് അത് മാത്രമേ ഉള്ളൂ അത് പൂർണമാണ് രണ്ടാമതൊന്നുമില്ല ഏകമേവാധി എന്ന് പറഞ്ഞാൽ സ്വരൂപ പ്രച്ഛേപനം അതങ്ങനെ സംഭവിക്കുന്നു അവിടെ നിന്നിങ്ങനെ ഇങ്ങോട്ട് ചാടിപ്പോകുന്നത് ഇവിടെ വന്നിരുന്നു ഇതൊക്കെ പറയേണ്ട ആവശ്യം അവിടെ തന്നെ ഇരുന്നാ പോലും അവിടെ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ ചാപ്പാട് കഴിക്കാൻ ഒക്കത്തില്ല അത് വിട്ടിട്ടുള്ള ഒരു ഉറക്കം എന്തായാലും വേണ്ട സ്വരൂപ പ്രഖ്യാപനം അങ്ങനെ സംഭവിച്ചു വിഷയഗ്രഹണം അങ്ങനെ സംഭവിച്ചു അതങ്ങനെ പോലെ ആയിരുന്നു വിഷയഗ്രഹണം എന്ന് വരുമ്പോ വിഷയവിഷയഭാവം വന്നു സുദുഃഖങ്ങൾ വന്നു ദ്വന്ദം വന്നു സംസാരം വന്നു ബന്ധം വന്നു എല്ലാ ഏടാകൂടങ്ങളും വന്നു ഇതെന്തിനാ സ്വരൂപപ്രക്ഷേപനം ത്വാത്മനോ എന്താ സ്വരൂപപ്രക്ഷേപനം എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നാവസ്ഥ പ്രതിഗമനം ജാഗ്രത സ്വപ്നാവസ്ഥകളിലേക്കുള്ള ഈ പോക്ക് അതാണ് പൂർണമായ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒന്നും ഭാഷകാരം കൊണ്ടുവരുന്നില്ല സമാധിയോ നിർവികല്പമോ സവികല്പമോ സബീജമോ നിർബി ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ച ചെയ്യാ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ജാഗ്രത സ്വപ്നം സുഷുപ്തി അതിന് സുഷുപ്തി എന്ന് പറയുന്നത് സ്വരൂപസ്ഥിതി ജാഗ്രത സ്വപ്നങ്ങൾ സ്വരൂപ പ്രച്ഛ്യപനം പ്രച്യുതി ആണ് പ്രക്ഷ്യപനം തെന്നിക്കോ മാറിപ്പോവുക അവിടെ സ്വയമല്ല അതുകൊണ്ടാണ് അതിന്റെ പ്രക്ഷ്യപനമെന്ന് പറയുന്നത് അല്ലേ നമ്മൾ കാല് വീഴുന്ന മനഃപ്പുറം വേണല്ലോ അവിടെ പായലുണ്ടെങ്കിലോ അശ്രദ്ധമുണ്ടോ വഴുതി വീണു പോകുന്നു അങ്ങനെയുള്ള വീഴ്ചയാണ് പറയുന്നത് പ്രച്യുതി എന്ന് പറയുന്നത് പ്രക്ഷ്യപനം അറിയാതെ വീണ് പോകുന്നു അതുപോലെ അറിയാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി വരിക ജാഗ്രസ്വപ്നസ്വപ്നാവസ്ഥ പ്രതിഗമനം അതെങ്ങനെ സംഭവിക്കുന്നു ബാഹ്യവിഷയ പ്രതിബോധം ഒന്നുകൂടെ വ്യക്തമാക്കുന്നു ഈ ജാഗ്രസ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ ബാഹ്യവിഷയ പ്രതിബോധം ബാഹ്യവിഷയഗ്രഹണം ബാഹ്യവിഷയഗ്രഹണം എന്ന് പറയുമ്പോ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതല്ല അഹം മമ എന്ന് തുടങ്ങി അതുവരെ എത്തുന്നു ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഏഴ് പതിനാല് ലോകങ്ങളെക്കുറിച്ചുള്ള അറിവ് ഏതിനെടുക്ക പക്ഷെ അത് അഹന്ത മമതയിൽ നിന്ന് തുടങ്ങുന്നു അവിടെ ജ്ഞാനം അജ്ഞാനം ഇതിനെക്കുറിച്ചുള്ള അറിവാണ് ഇതെല്ലാം ജാഗ്രതയിലുള്ളൂ അതെല്ലാം ബാഹ്യപക്ഷേ പ്രതിബോധമെന്ന് പറയുന്ന ഒറ്റവാക്യത്തിൽ ഭാഷകാരൻ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാ ഈ പ്രതിബോധം ഈ പ്രതിബോധത്തെ തുടർന്ന് വരുന്ന സുദുഖങ്ങൾ സംസാരം ഇതവിടെ അങ്ങിരുന്നാൽ പോരെ സുഖമായിട്ട് അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല പറയുന്നു അവിദ്യ കാമകർമ്മ ബീജസ്യ ഇവിടെയല്ലേ ഈ ജാഗ്രത്തിലല്ലേ നീ ആത്മാവാണോ എനിക്കറിയില്ല ഇതിൻ്റെ സ്വരൂപം എന്താണ് ഈ ശരീരത്തിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഈ അഹന്തതിയും മമതി എന്നെ എവിടെയാണ് സംഭവിക്കുന്നത് അതൊക്കെ ചോദിച്ചു ഞാൻ എന്തുവരും എനിക്കൊന്നും അറിയില്ല എനിക്കിത്രയും അറിയാവൂ ഞാൻ ഇന്നാരാണ് ഇന്നാരുടെ മകനായി ജനിച്ചു വളർന്നു എന്നതാണ് ഇത്തരം കാര്യങ്ങളെനിക്കറിയോ അതിനപ്പുറം ഒന്നും അറിയത്തില്ല കേട്ടിട്ടും മനസ്സിലാകുന്നില്ല ഇതാണ് അവിദ്യ അതിനെ ഇതാണെങ്കിൽ ഈ അവിവേകം കൊണ്ട് തുടർന്ന് വരുന്നതാണ് എന്ത് കാമം പലതും നേടണം എന്നുള്ള ആഗ്രഹം ഇവിടെ പിന്നെ അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങൾ നേടുന്നതിനുള്ള പരിശ്രമം ഇതെല്ലാം കേട്ടുകഴിഞ്ഞു പുതിയ തോന്നി കേട്ട് പിടികിട്ടുന്നില്ല എന്ന കഴിഞ്ഞു മഠാധിപതിയാകാം കാമം അതിന് എന്ത് ആർക്ക് പാര വെച്ചാൽ അത് കർമ്മം ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെയെല്ലാം ബീജം വിദ്യ കാമ കർമ്മ ബീജം ഇതെന്താണ് ഇത് ബ്രഹ്മവിദ്യ അദാഹനം ഇത് ബ്രഹ്മവിദ്യയാകുന്ന അഗ്നി കൊണ്ട് ദഹിക്കുന്നില്ല അതുകൊണ്ട് അതാ കാരണം എന്താ തിരിച്ച് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു തിരിച്ചെന്താ സ്വരൂപ പ്രച്രൂപസ്ഥിതി അതിന് നേരെ വിരുദ്ധമാണ് സ്വരൂപ പ്രച്തി ഈ സ്വരൂപപ്രച്തി എന്തുകൊണ്ട് സംഭവിച്ചു പറയുന്നു ആ വിദ്യ കാമ കർമ്മങ്ങളുടെ ബീജം ഒന്നുണ്ട് ആ ബീജം നശിക്കുന്നില്ല എന്നർത്ഥം ആ ബീജം എങ്ങനെ നശിക്കണം പറയുന്നു അത് ബ്രഹ്മവിദ്യ കുന്ന അഗ്നി കൊണ്ട് നശിക്കുന്നു അത് നശിക്കാത്തത് കൊണ്ട് നിമിത്തം മിത്യ അപോച്ചാ അതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ പറയുന്നിടത്താണ് സംശയം വരുന്നത് സാധാരണക്കാരന് മാത്രമല്ല വിദ്വാന്മാർ കൂടി സംശയം വരുന്നുണ്ട് എന്താണ് അവിദ്യ കാമകർമ്മ ബീജം ആ ബീജം നശിക്കാത്തത് കൊണ്ടാണ് ആ സ്വരൂപസ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നെന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പമുണ്ട് പണ്ഡിതന്മാർക്കും വന്നിട്ടുണ്ട് പേരെടുത്ത പണ്ഡിതന്മാർക്കും വന്നിട്ടുണ്ട് ഈ ആശയക്കുഴപ്പം പക്ഷെ ഭാഷകാരൻ വളരെ വ്യക്തമായി സരളമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ബ്രഹ്മവിദ്യാസി കൊണ്ട് ഇവിടെ ഈ നടക്കുന്ന ഈ എല്ലാ കോലാഹലങ്ങൾ ഇതിന്റെ എല്ലാം ബീജം നശിക്കണമെന്നാണ് അപ്പൊ എവിടെയാണ് ഈ ബീജം അതന്വേഷിക്കും ഈ അവിദ്യാ കാമ കർമ്മങ്ങളുടെ ബീജം അതിന്റെ വിത്ത് എവിടെയാണ് എന്നാണ് വിളക്ക് കൊളുത്തിയാൽ സ്വിച്ചിട്ട് ട്യൂബ് കത്തിക്കഴിഞ്ഞാൽ ആ പ്രകാശം കൊണ്ട് നശിക്കുന്നത് എവിടത്തെ ഇരുട്ടോ ആ ലൈറ്റുള്ള ഇടത്തേ ഇരുട്ടാ വേറെ എവിടെയെങ്കിലും ഉള്ളത് ഇരിട്ട് നശിക്കും ഈ മുറിയിൽ ലൈറ്റ് ഇട്ട അടുത്ത മുറിയിൽ ഇരുട്ട് നശിക്കും ഇല്ലല്ലോ ഈ ഇവിടെ പറയുന്ന അവിദ്യ കാമ കർമ്മങ്ങളുടെ ബീജമായിരിക്കുന്ന ഇരുള് എവിടെയാണോ പ്രകാശമുള്ള വരുന്നത് അവിടെ തന്നെ അവിടെയാണ് ആ ഈ ബീജം ഇവിടെ തന്നെയാണ് ഈ ജാഗ്രതയിൽ തന്നെയാണ് എന്നാലേ ഇത് നശിക്കത്തുള്ളു ഇത് വേറെ എവിടെയെങ്കിലും വരുന്നതും ഇവിടെ നശിക്കത്തില്ല കാരണം ഈ ബ്രഹ്മവിദ്യാഹുദാശൻ ഉദാശ എന്ന് പറയുന്ന ഈ പ്രകാശം അതിവിടെ തന്നെ സംഭവിക്കുന്നു ഈ ജാഗ്രതയിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയാലും സംഭവിച്ചപ്പോൾ പറയുന്നത് ഈ സമാധിയിൽ പോയി സംഭവിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നില്ല നമ്മുടെ സങ്കല്പത്തിൽ ഉള്ള ഭാഷകാരൻ പറയുന്നില്ല പക്ഷികാരൻ പറയുന്നത് സമാധിരാത്മാ അത് ആത്മാവ് തന്നെ നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെയല്ല ഇങ്ങനെ ഇരുന്നിരുന്ന് ഒരു സ്ഥലത്തെത്തിച്ചേരും അവിടെ ഒരു ജ്ഞാനം വരും ആ ജ്ഞാനം വന്നിട്ട് അവിടെയുള്ള ഇതിനെ നശിപ്പിക്കുന്ന കൂടെ നമ്മൾ കേട്ടുപഠിച്ചു വച്ചിരിക്കുന്നു അതെൻ്റെ ഭാഷകാലം പറയുന്നു ഇവിടെയാണോ വെളിച്ചം അവിടെയുള്ള ഇരുട്ടേ നശിപ്പിക്കും അപ്പം ഇവിടെ ഇപ്പം ഇരുട്ട് ഈ ജാഗ്രതത്തിലാണോ അവിവേകം ജാഗ്രതത്തിലാണെന്ന് എന്നോട് ചോദിക്കുന്നത് നിയാരാണ് അല്ലെങ്കിൽ താൻ തന്നോട് ചോദിക്കുന്നു കോഹം ഞാൻ ആരാണ് അവിടെ തന്നെയാണ് എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത് വെളിച്ചമില്ല ഇരളാണ് ഇവിടത്തെ ആരാ ഇവിടത്തെ വെളിച്ചം കൊണ്ട് അത് നശിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല നശിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്ന സ്വരൂപസ്ഥിതി അപ്പോൾ മറ്റേ ദിവസം എഴുത്തി അത് സഹജമായ സ്വരൂപസ്ഥിതി ആ സഹജമായ സ്വരൂപസ്ഥിതി അല്ല സഹജമായത് ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല സ്വരൂപമാർക്കു വേറെ ഗുണവും ചെയ്യുന്നില്ല ദോഷവും ചെയ്യുന്നില്ല അത് സദായകരൂപത്തിൽ തന്നെ നിൽക്കുന്നു സ്വപ്രകാശമായി അതങ്ങനെ നിൽക്കുന്നു തകരാറുകളെല്ലാം ഇവിടെയാണ് ഇവിടെ ഈ ജാഗ്രതയിലാണ് തകരാറ് ഇത് ആ സ്വരൂപസ്ഥിതിയിൽ നിന്നും എന്താണോ സതിസമ്പദ് നവിതുഹു എപ്പോഴും ആ സത്തിനെ പ്രാപിച്ചു ഈ അവസ്ഥ അന്തരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് അത് അതിനെ പ്രാപിച്ചു കൊണ്ടേയിരിക്കും അത് സർവവസ്ഥകൾക്കും ആധാരമായി സ്വരൂപസ്ഥിതിയിലിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും നവിതഹു ഇവിടെ അറിയുന്നില്ല അറിവില്ല അറിവില്ലാത്തോണ്ട് അവനെ പാപം സ്പർശിക്കുന്നു ധർമാധർമ്മങ്ങളെല്ലാം സ്പർശിക്കും അവൻ ബന്ധമോക്ഷങ്ങളെയൊക്കെ അനുഭവിക്കുന്നു ഇവിടെ ഇവിടെ തന്നെ ഈ ജാഗ്രതയിൽ തന്നെയാണ് ആ തസി അതിൻ്റെ ശ്രവണ മനനങ്ങൾ അതിലൂടെയുള്ള ആത്മബോധം അത് സംഭവിക്കുന്നു ആത്മബോധം സർവ്വസാധാരണമല്ലാത്തതുകൊണ്ട് അത് വിലക്ഷണമായതുകൊണ്ട് അതീ ജാഗ്രത്തിനെയും ജാഗ്രത പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം അതുകൊണ്ട് അതിനെ നോക്കേണുഗേന സമാധി എന്ന് പറയാം പരാജാഗ്രത എന്ന് പറയാം സഹജ സമാധി എന്ന് പറയാം വേണുഗേന നിറവികൽപ്പം എന്ന് പറയാം അതെല്ലാം അതിനെ പേരിടാം പക്ഷെ അത് നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുണ്ട് ഇവിടെ പറയുന്ന ഈ ശ്രൗതമായ ജ്ഞാനം ശ്രവണ മനങ്ങളെല്ലാം ഇവിടെ നടക്കുന്നു ഈ ജാഗ്രത്തിന് എപ്പോഴാണ് ഈ പക്ഷേ ഗ്രഹണം നടക്കുന്നത് അവിടെ സാധ്യമാ വേറെടുത്ത് സാധ്യമല്ല ചിലർ പറയും എനിക്ക് സമാധിയിൽ ശ്രവണം ഉണ്ടായി എന്ന് വെച്ചാൽ അത് ജാഗ്രത ആയിരുന്നു ജാഗ്രത തന്നെയാണ് പിന്നെന്താ അതിന് സമാധി എന്ന് പറയുന്നത് ജാഗ്രത തന്നെ കുറച്ചൊന്നു ഉറങ്ങിപ്പോയി ഒന്ന് മയക്കം കൂടെ അവിടെ സമാധി എന്ന് പേരിട്ടെന്നേ അതിവിടെ തന്നെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ അവിദ്യ കാമ കർമ്മ ബീജം ഇവിടെ തന്നെയാണ് വെളിച്ചം ഉള്ളടുത്ത ഇരട്ടെ നശിക്കും അങ്ങോട്ടത് നശിക്കുന്നു പക്ഷെ അത് നശിക്കുന്നതുവരെ എന്ത് വരുന്നു ഗതാഗതം പോക്കുപരം ഇവിടെ നിന്ന് നേരെ അവിടേക്ക് പോകുന്നു അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങോട്ട് വരുന്നു പോകുന്ന മാർഗത്തെ കുറിച്ചാണ് പറഞ്ഞത് സത്സമ്പത്തി അതാണ് ആ പോക്കുപരം എന്ന് പറയുന്നത് വാസവത്തി പോക്കുപരമൊന്നുമില്ല വാസ്തവത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയോ സുശക്തി എന്നും ധരിച്ച് ജാഗ്രതത്തിലേക്ക് വരികയെന്നു മറിച്ച് എന്താണിത് ഈ ടി വിയിലെ ദൃശ്യങ്ങൾ മാറി വരുന്നത് പോലെയുള്ള ടി വി മാറിപ്പോകുന്നുണ്ടോ ഇല്ലല്ലോ അതും ഒരിടത്തു തന്നെ ഇരിക്കുകയാണ് പക്ഷെ അതിൽ പല ദൃശ്യങ്ങൾ വരുന്നു അതുപോലെ ജാഗ്രത പറയുന്ന ഒരു ദൃശ്യം വരുന്നു പിന്നെ സീരിയൽ വരുന്നു പിന്നീട് സിനിമ വരുന്നു പിന്നെ ന്യൂസ് വരുന്നു പിന്നെ കറണ്ട് ബോംബൊന്നുമില്ലാതെ ഇരിക്കുന്നു സുഷക്തി അവിടെ പിന്നെ ദൃശ്യങ്ങളൊന്നുമില്ല അതുപോലെ ഇരിക്കുന്നു അവിടെ ജാഗ്രതത്തിലേക്ക് വരുന്ന കാര്യം പറയുന്നത് എന്തുകൊണ്ട് വരുന്നു പറയുന്നു ഈ ബീജം അതുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു ആ ബീജം ഇവിടെ ഉള്ളത് ഈ ജാഗ്രത തന്നെയാണ് ഉള്ളത് എന്നർ അത് സൃഷ്ടിയിലാണെങ്കിലും അവിടെ സ്വരൂപസ്ഥിതി സസമ്പത്തി അവിടെ ദ്വിതീയം ഒന്നുമില്ല അത് പറഞ്ഞു കേനജി കുതശ്ചിത്ത അവിടെ രണ്ടാമതൊന്നില്ല ഏകം തന്നെ പക്ഷെ അവിടെ സാധാരണ സംശയം വരും സാധാരണ സംശയമല്ല വിദ്വാൻമാർക്ക് എന്ന് വരുന്ന സംശയമാണ് പണ്ഡിതന്മാർക്ക് വരുന്ന സംശയമാണ് കാരണം ഇവിടെ പറയുന്നു നാടിയിലൂടെ സഞ്ചരിക്കുന്നു ജീവൻ നാടിയിലൂടെ സഞ്ചരിച്ച ഹൃദയദേശത്ത് എത്തിച്ചേരുന്നു അവിടെ ഇരിക്കുന്നു എന്നെല്ലാം പറയുന്നു സസമ്പത്ത് രണ്ടാമതൊന്നില്ലെന്നും പറയുന്നു ഇത് രണ്ടും എങ്ങനെ ശരിയാവും കേവലമായ ആ സമ്പത്തിയിലാണ് ആ സ്വരൂപസ്ഥിതിയിലാണെങ്കിൽ പിന്നെ ഈ നാടിയിലൂടെ പോയി ഹൃദയത്തിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ശരിയാകുന്നു അങ്ങനെ ഒരു സംശയം വരാം ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും വരത്തില്ല രണ്ടും തമ്മിൽ ഒരു പൊരുത്ത കേടുവരും ഒരിടത്ത് പറയുന്നത് നാടിയിലൂടെ കയറിപ്പോയി ഒരിടത്തിരിക്കുന്നു ഒരിടത്ത് പറയുന്നു അങ്ങനെ കയറിപ്പോയിരിക്കണെങ്കിൽ അവിടെ ഇരിക്കാൻ ഒരിടം വേണം സഞ്ചരിക്കാനൊരു നാടി വേണം പിന്നെ തിരിച്ചവിടുന്ന് ഇറങ്ങി വരാൻ നാടി വേണം അപ്പം സത്സമ്പത്തി നേരത്തെ പിന്നെ കേനോ ചിത് പുതസ്ചിത് ദുരിയൊന്നുമില്ലെന്നും പറയും ഇതങ്ങനെ ശരിയാവും അങ്ങനെ വരാൻ ആ അത് ഏതുപോലെയെന്ന് വെച്ചാൽ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാൾ അമ്പലത്തിലേക്ക് കയറും കയറുമ്പോൾ അയാളുടെ ചെരുപ്പും തലപ്പാവും കോട്ടും ടൈയും എല്ലാം അഴിച്ചൊരെടുത്ത് വയ്ക്കുന്നു അതെ അമ്പലത്തിൽ കയറുമ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരു സ്ഥലം കാണും അവിടെ നിന്ന് ടോക്കൺ വാങ്ങി തന്നെ അവിടെ വയ്ക്കുന്നു വച്ചിട്ട് അകത്ത് കയറുന്നു അകത്ത് ഇതൊന്നും കൊണ്ട് കയറാൻ പാടില്ല അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് വീണ്ടും ടോക്കൺ കൊടുത്ത് അതൊക്കെ എടുത്ത് ധരിച്ചും കൊണ്ട് പോകുന്നു അതുപോലെ ഒരു വ്യത്യാസം ഇവിടെയുണ്ടാണ് ഇവിടെ ഈ പോക്ക് വരവ് പോയില്ല ജീവഭാവത്തിനാണ് മുമ്പ് പറഞ്ഞു ജീവത്വം വിഹായ ജീവത്വത്തുപേക്ഷിച്ചിട്ട് ചെരുപ്പം തോപ്പിയും കുടയും ഒക്കെ ഉപേക്ഷിക്കുന്നത് ജീവന്റെ ഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു എന്നുവെച്ചാൽ ഒരിടത്ത് ഉപേക്ഷിക്കുന്നു അത് പോകുന്നതിനും വയ്ക്കുന്നതിനും ഉള്ള സ്ഥാനമാണ് ഇവിടെ സഞ്ചരിച്ച് ഹൃദയദേശത്തിലെത്തി ഒരു വസ്തുവിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരു എവിടെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും ചപ്പ് ചവറുകൾ ഉപേക്ഷിക്കണമെങ്കിൽ അതിനൊരു സ്ഥലം വേണം അതുപോലെ ഈ ജീവൻ്റെ ചപ്പു ചവറുകളെല്ലാം അത് ഉപേക്ഷിക്കുന്നു അതുപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയും അതുപേക്ഷിക്കുന്ന സ്ഥാനമാണ് പറയുന്നത് ഹൃദയദേശം അവിടെയെല്ലാം ഉപേക്ഷിച്ച് കാരണം ഇത് പോയിട്ട് പിന്നെ തിരിച്ചിത് എടുത്തു കൊണ്ട് മടങ്ങി വരണം സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ആ ജീവിത്വത്ത് ഉപേക്ഷിക്കുന്നു അതാരാ ഉപേക്ഷിക്കുന്നു ഈ ജീവൻ അതുവരെ ആ ജീവഭാവമുണ്ട് ഇപ്പൊ ഇരിക്കുന്ന ഈ ഭാവം ഈ ജാഗ്രത്തിലിരിക്കുന്ന ഭാവം അടുത്ത് കേവലമായ സ്വരൂപസ്ഥിതി സത്സമ്പത്തിയാണ് അവിടെ ജീവഭാവമില്ല ദ്വൈതഭാവമില്ല അപ്പോൾ ഓരോന്നായിട്ട് ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നു ആദ്യം ചെരുപ്പ് കൂരുന്നു പിന്നെ തൊപ്പി വരുന്നു പിന്നെ ടൈ അഴിക്കുന്നു കോട്ട അഴിക്കുന്നു പാന്റ് അഴിക്കുന്നു എന്നിട്ടവിടെ ഭവ്യമായ രീതിയിൽ അങ്ങോട്ട് അമ്പലത്തിൽ പ്രവേശിക്കുന്നു അതുപോലെ ഇവിടെ ഇന്ദ്രിയങ്ങൾ കരണങ്ങൾ ശരീരം ഇതിനുള്ള അഭിമാനം മമത സ്വത്ത് സമ്പത്ത് ഭാര്യ പുത്രൻ ഭാഷകാരൻ പറയുന്നതിൽ ഇതിനെല്ലാം ഉപേക്ഷിക്കും ഇതിനെല്ലാം ഉപേക്ഷിച്ച് അത് പോകേണ്ട വഴിയെ സഞ്ചരിച്ച് ഹൃദയദേശത്തിലെത്തിച്ച ജീവൻ അവിടെ വച്ച് ആ സത്വമായിട്ടുള്ള ബന്ധം ഈ ജീവഭാവത്തിനല്ലാതെ ജീവഭാവത്തെ വിടുന്നു പറയുന്നു അവിടെ സീരിയലും സിനിമയും ന്യൂസും എല്ലാം കേവല സ്ക്രീൻ മാത്രമായിരിക്കും അതാണ് ഇവിടെ ഈ പോക്കുവരവിനെ കുറിച്ച് പറയുന്നത് അല്ലാതെ ജീവൻ പോയി ഒരോട് തിരഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചഴിഞ്ഞ് അവിടെ ഇല്ല ജീവഭാവം പൂർണമായും നഷ്ടപ്പെട്ടു ആ ജീവഭാവം അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് പോവാം സിനിമ വിട്ടിട്ട് പിന്നെ സീരിയലാകാം വീണ്ടും അവിടെ നിന്ന് വേണമെങ്കിൽ തിരിച്ച് ജാഗ്രത്തിലേക്ക് വരാം ഇനി വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് സമാധിയിലേക്ക് പോകാം അതൊക്കെ ചീരിച്ച് കഴിഞ്ഞു എവിടെ പോകുന്നെങ്കിലും ഈ ജീവഭാവമായിരിക്കും പോകുന്നത് മൂർച്ചയിലേക്ക് പോവാം എവിടെ പോകുന്നത് ഈ ജീവഭാവമായിരിക്കും പക്ഷേ സുഷിതിയിലേക്ക് പോകുമ്പോൾ ജീവത്വം വിഹാര പിന്നെ ആളല്ല പോകുന്നു അവിടെ വെച്ച് പൂർണമായും വേർപെടുന്നു അവിടെ എന്താണ് ഏകമേവാതിരിപന്നസ്യതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയാൻ കാരണം അവിടെ സാധാരണ വരുന്ന വേറൊരു സംശയവും വരും എന്താണ് ഇവിടെ പറയുന്ന ഒരു ബീജം നശിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഈ ജാഗ്രസ്വപ്നത്തിലേക്ക് വരുന്നത് പക്ഷെ ഇവിടെ പറയുന്നു കേനുജിത് കുതശ്ചിത് അന്യത്തോടെ വരുന്നില്ല വിഷയവിഷയ് ഭാവമില്ല അന്യോഹ്യ അന്യസ്യ വിഷയോ ഭവതി അവിടെ ഏകമേ വർദ്ധിതീയമാണ് ആദ്യം പറഞ്ഞു രണ്ടില്ല അപ്പോൾ ആ ബീജഭാവം അവിടെയും കാണണ്ടേ സുഷുതിയിലും എന്ന് ചെല്ലു ചോദിച്ചു ചെല്ലു പറയുന്ന ഉണ്ട് ബീജഭാവം അവിടെ ഉണ്ട് ചെല്ലു പറയുന്നില്ല അതൊരു തർക്കമാണ് േ ഈ തർക്കത്തിൽ നിൽക്കുന്നവർ ഒരാശയക്കുഴപ്പത്തിൽ നിന്നാണ് തർക്കം കാരണം ഇവിടെ പറയുന്ന ഈ ബീജഭാവം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല സാധാരണ ബീജമെന്ന് പറഞ്ഞാൽ ഉച്ചത്തിന്റെ ബീജം അതൊരു വസ്തുവാണ് ഘനമാനങ്ങളുള്ള ഒരു വസ്തുവാണ് ആ ബീജമുണ്ടെങ്കിൽ അതിൽ നിന്ന് വൃക്ഷുണ്ടാകും ബീജമില്ലെങ്കിൽ വൃക്ഷമുണ്ടാകത്തില്ല ബീജവും വസ്തുവാണ് വൃക്ഷവും വസ്തുവാണ് അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് മാത്രമേ നോക്കൂ ഉണ്ട് ഇല്ല എന്ന് തർക്കം പറ്റൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വാദപ്രതിവാദം ഒരു വസ്തുവിനെ സംബന്ധിച്ച് സാധ്യമോ ഖനമാനങ്ങളുള്ള ഒരു വസ്തു ഇതൊരു വസ്തുവേ അല്ല ഒരു പദാർത്ഥം ഈ ബീജം എന്ന് പറയുന്നത് അവിവേകമെന്ന് പറയുന്നത് അവയോഗംന്ന് പറഞ്ഞെന്താ വിവേകമില്ലായ്മ അതെന്താ അതങ്ങനെ ഒരു പദാർത്ഥമാണ് അത് ഭൗതികമായ ബാഹ്യമായ ഭാവഭാവങ്ങളെപ്പോലെ അല്ല അതുകൊണ്ടാണ് അതിനെ കുറിച്ചും ഭാഷകാരൻ തന്നെ പറയുന്നത് അത് നിർവചിക്കാം വയ്യ സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒന്നിനെ കുറിച്ച് അത് ഉണ്ടോ ഇല്ലയെന്ന് തർക്കിക്കുന്ന എത്ര ബുദ്ധിശൂന്യമായ കാര്യമാണ് സുഹൃത്തിയിൽ സംബന്ധിച്ച് നമുക്ക് തർക്കമില്ല തർക്കിക്കാൻ കഴിയാത്ത ഒരേ ഒരു സ്ഥാനമെന്ന് പറയുന്നത് സുഷക്തിയാണ് എന്തുകൊണ്ടവിടെ ഏകമയത്വതീയം സസമ്പത്തി അപ്പൊ അവിടെ ഇനി ഒരു ബീജമുണ്ടോ ഈ സത്തല്ലാതെ ഇല്ലയോ ഉണ്ട് ഇല്ല എന്ന് വാദിക്കുന്നതിനും സമർത്ഥിക്കുന്നതിലും നിഷേധിക്കുന്നതിലും യാതൊരു അർത്ഥമില്ല അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അബദ്ധമാണ് ഇല്ലെന്ന് പറഞ്ഞാലും അബദ്ധമാണ് രണ്ടുപേരുപോലെ അബദ്ധമാണ് കാരണം ഉണ്ടിലില്ല എന്നുള്ള ഒരു തർക്കം ഒരു വസ്തുവിനെ സംബന്ധിച്ച് മാത്രമേ സാധ്യമാകൂ അവിടെ എന്താണ് സത് അതിനെക്കുറിച്ച് ഇത്രേ പറയുന്നുള്ളൂ സത്സമ്പത്തി അന്യൂഹ്യ അന്യസ്യ വിഷയോ ഭൗതി അവിടെ ഒരു വിഷയ വിഷയ വിഭാവമില്ല അതിനെക്കുറിച്ച് ഒന്നും പറയാമേ അതാണ് കേനജിത് കുതശ്ചിത അഭി സമ്പന്നസ്യം അവിടെ ഒരു ഭേദത്തെ നമുക്ക് കൽപ്പിക്കാൻ സാധ്യമല്ല എന്താണ് രോഗമുള്ളിടത്താണ് ചികിത്സ എന്നെ ഒരുവൻ രോഗി വേറൊരു ചികിത്സിച്ചിട്ട് കാര്യമുണ്ട് രോഗം എവിടെയാണ് ഈ ജാഗ്രതത്തിലാണ് രോഗം ചികിത്സ എവിടെ ഈ ജാഗ്രത്തിലാണ് എവിടെയാണ് പ്രശ്നം നീ അവിവേകിയാണോ ആണോ അവിവേകം എന്റെ അനുഭവമാണ് ഈ പറയുന്ന തരത്തിൽ പറയുന്ന എൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല സച്ചിദാനന്ദമാണ് താൻ എന്നുള്ള ഇതുവരെ അറിഞ്ഞില്ല ഈ ദോഷങ്ങളൊക്കെ എവിടെയാ ഈ രോഗം എവിടെയാ ഇവിടെയാ ജാഗ്രതയിലാണ് മറ്റൊരവസ്ഥയിലെ അപ്പോൾ ഈ രോഗത്തെ ഇവിടെ തന്നെ ചികിത്സിച്ചു മാറ്റണം ഇവിടെ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അതിൻ്റെ നിദാനം ഇവിടെ തന്നെ ചികിത്സയും ഇവിടെ തന്നെ അവിവേകം ഇവിടെ തന്നെ അത് നമുക്ക് ആരോടും ചോദിക്കേണ്ട തർക്കിക്കേണ്ട കാര്യമില്ല അജ്ഞോഹം എൻ്റെ അനുഭവമാണ് ഞാൻ അജ്ഞനാണ് ഇവിടെ ഞാൻ തന്നെ പറയുന്നു ആ എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ സ്വരൂപം ഇതല്ല ഈ ശരീരം എന്റെ മനസ്സല്ല ബുദ്ധിയല്ല സച്ചിദാനന്ദ സ്വരൂപമാണ് അത് നിത്യമാണോ എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ വിവേകമുണ്ടായി ചികിത്സ ഇവിടെ തന്നെ അപ്പൊ ജ്ഞാനാജ്ഞാനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെയാണോ നടക്കുന്നത് അവിടെ അതുള്ളു എവിടെക്കുറിച്ചാണോ അതിൻ്റെ ചിന്ത നടക്കുന്നത് എവിടെയാണോ അതിനെക്കുറിച്ചുള്ള ശ്രവണ മനനങ്ങൾ നടക്കുന്നത് അവിടെ മാത്രമേ അതിന് പ്രസക്തിയോ അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ ഭാവാഭാവാ അതീതമായിരിക്കുന്ന സുഹൃത്തിയിൽ കേവലം അസ്തിത്വത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അവിടെ ചിന്തിക്കാൻ സാധ്യമല്ല ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യതാണ് ഭാഷകാരം പറയുന്നതിൻ്റെ താല്പര്യം അപ്പോൾ ആ സുഷുപ്തിയിൽ നിന്ന് ചുതി സംഭവിക്കുന്നു എന്തുകൊണ്ട് പറയുന്നു എന്താ എന്തുകൊണ്ടോ അത് സംഭവിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് വീണ്ടും ബന്ധനത്തിലേക്ക് വന്നു വീണ്ടും പുണ്യപാപങ്ങൾ വന്നു പറയുന്നു അതിൻ്റെ ബീജമുണ്ട് ഉണ്ടോ ഉണ്ട് സ്വയം ഞാൻ അനുഭവിക്കുന്നു അതിന് വേറെ പ്രമാണാവശ്യമില്ല ശ്രുതി പറയേണ്ട കാര്യമില്ല ഞാൻ പാപിയാണ് പുണ്യമാനാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എൻ്റെ അനുഭവമാണ് എവിടെ അനുഭവിക്കുന്നു ഈ ജാഗ്രത്തിൽ ഇതിനെന്താ പ്രതിവിധി ശ്രുതി പറയുന്നത് തത്വമസി അതാണ് അതിൻ്റെ പ്രതിവിധി അതെല്ലാം ഇവിടെയാണ് ബാക്കിയുള്ള സർവ്വതും ഇവിടെയാണ് നാം പറയുന്നു ഇത് നശിക്കാത്തത് ഇവിടെ എന്താണോ ഇതൊന്ന് ഈ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ബീജം നമ്മൾ അനുഭവിച്ചു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദോഷം അവിവേകം ആത്മബോധമില്ലായ്മ ഇത് നശിക്കാത്തത് ഇത് നശിച്ചുകഴിഞ്ഞാലോ പറയും ശരി ഇത് നശിച്ചു എന്നിരിക്കട്ടെ പിന്നെ ഉറങ്ങു പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിന്നെ ഉറങ്ങിയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പോ ആ സസമ്പത്തി എന്ന് പറയുന്നത് സഹജമായിരിക്കുന്നു അവിടെ ജാഗ്ര സ്വപ്നം സൂക്ഷിച്ചി എന്നുള്ള ഭേദമില്ല അത്രയൊരു ഭേദമില്ല അപ്പോ മനസ്സിലാവും എന്താണോ ഇതെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു താൻ സർവാധാരമായിരിക്കുന്നു സ്വരുതി പറയുന്നതുപോലെ താൻ സർവാധിഷ്ഠാനമായിരിക്കുന്നു സർവാധിഷ്ഠാനമായിരിക്കുന്ന തന്നിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ താൻ സർവാത്മകമായിരിക്കുന്നു അവിടെ ഭേദമെന്താ ഇവിടെ ഭേദമുണ്ടെന്നാണ് ഒരു ജാഗ്രത മറ്റൊരു സുഷുതി മൂന്നാമതൊരു സ്വപ്നം നാലാമതൊരു തുരീയം പിന്നെ അഞ്ചാമതൊരു തുരിയ അതീതം ഈ ഭേദങ്ങളെല്ലാം ഇവിടെയുണ്ട് नहीं नहीं थिला थिला ला ला ീ ബീജം നശിച്ചു കഴിഞ്ഞാലോ ഈ ഭേദം ഇവിടെ ഇല്ല ജാഗ്രസ്വപ്ന സുഷുതി ഇത് ഭേദത്തെ സൃഷ്ടിക്കുന്ന ഈ അനുഭവം ഇതല്ല അതെന്നുവെച്ച ഉണരത്തില്ല ഉറങ്ങത്തില്ലെന്നല്ല എന്റെ താല്പര്യം ഉണരുന്നില്ല ഉറങ്ങുന്നില്ലെന്നല്ല ഇവിടെ എങ്ങനെയാണോ ഇപ്പോ സ്വയം അജ്ഞനായി ഉണരുകയും ഉറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഉറങ്ങുകയും ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നില്ല എന്നത് ഇതുപോലെ സംഭവിക്കുന്നില്ല അപ്പോൾ ഈ അല്ലെങ്കിൽ ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആ സ്വരൂപസ്ഥു സംഭവിക്കുന്നുണ്ടോ ഇല്ലൂപ സ്ഥിതിയിൽ തന്നെയാണ് എന്തുകൊണ്ട് ഈ അവിവേകം നശിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വരൂപസ്ഥിതിയിൽ തന്നെയാണ് അതിനാണ് സഹജ സമാധി എന്നും മറ്റും പറയുന്നു ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നു അയാളുടെ തത്വജ്ഞനെന്ന് പറയുന്നു ആത്മജ്ഞാനി എന്ന് പറയുന്നു പ്രസരങ്ങളെല്ലാം ഇവിടെയാണ് പരിഹാരവും ഇവിടെ തന്നെയാണ് അപ്പൊ സുഷുക്കിയെക്കുറിച്ച് തർക്കവിതർക്കങ്ങൾക്കൊന്നും സ്ഥാനമില്ല അതിനെ കുറിച്ചുള്ള അവസാന വാക്കും ഭാഷകാനം പറഞ്ഞു കേനജി പുതസ്ചിത് അഭി സസമ്പന്നനായിരിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ല എന്ന് പറയും ബാക്കിയുള്ള എന്താണ് കല്പനകളാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും പറഞ്ഞില്ല ഒന്ന് പറഞ്ഞു അസുഖമായി ഉറങ്ങി എന്നല്ല പറയുന്നു ചിലപ്പോൾ ഉണർന്നിട്ട് പറയൂ ഉറക്കെ ശരിയായില്ല വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയും പറയാറില്ല സുഖം എന്നാണോ എപ്പോഴും പറയുന്നത് നല്ല അപ്പോൾ സുഖത്തെക്കുറിച്ചും ഒക്കെ ഉള്ള പരാമർശങ്ങളുണ്ടോ പിന്നെ ഒന്നും അറിഞ്ഞില്ല അത് ഉണർന്നതിന് ശേഷം അതേ പറയാൻ പറ്റൂ എന്താ എല്ലാം അറിഞ്ഞു എന്ന് പറയാൻ താൻ ബ്രഹ്മജ്ഞാനിയാ ഉണരുമ്പോ ഇല്ലല്ലോ ഉണർന്നതിനു ശേഷം ഒന്നും അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റുമോ ആ അറിവില്ലായ്മ എന്ന് പറയുന്നത് ജാഗ്രത്തിൽ അവൻ അറിവില്ലാതിരിക്കുമ്പോ അവൻ എന്തിനെ കുറിച്ച് സ്മരിച്ചാലും ശരി സുഹൃത്തേക്കുറിച്ച് സ്മരിച്ചാലും സ്വപ്നത്തെക്കുറിച്ച് സ്മരിച്ചാലും ശരി അവന് പ്രകടമാവുന്ന അവന് സഹജമായിരിക്കുന്ന അറിവില്ലായ്മയാണ് ഇതെല്ലാം ഈ ജാഗ്രത അതുകൊണ്ട് ഒന്ന് ഇതാണ് ഈ ഗമനാഗമനം എന്നുമ്പോ പറഞ്ഞു പോക്ക് വരവ് ഇതിന ജീവനെ സംബന്ധിച്ചാണ് ജീവനെ സംബന്ധിച്ചാൽ ഇതിനൊക്കെ മറുപടി അദ്വൈതത്തിനുമുണ്ട് കുത്തർക്കം അതും ചെയ്യും അങ്ങനെയുണ്ട് മുട്ടാത്തർക്കം അതും പറയും അദ്വൈതകളും പറയും ഈ ജാഗ്രത ഇങ്ങനെ കാണുന്നു എന്തുകൊണ്ട് ജാഗ്രത കാണുന്നു ഇതൊക്കെ എന്തുകൊണ്ട് അത് കാണുന്നത് കൊണ്ടുണ്ട് അങ്ങനെ സ്വപ്നം കാണുന്നത് കൊണ്ടുണ്ട് അവിടെ ഒന്നും കാണുന്നില്ല കാണുന്നതുകൊണ്ട് ഉണ്ട് എന്നുള്ളതിന് അവിടെ ദൃഷ്ടാന്തമായി പറയുന്ന സുഹൃത്തിയോ സുഹൃത്തിയിലൊന്നും കാണുന്നില്ല അതുകൊണ്ടൊന്നുമില്ല ജാഗ്രതയിലെല്ലാം കാണുന്നു അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട് ഇതൊരു അദ്വൈതത്തിലെ മുട്ടാത്തർക്കമാണിത് എന്നു ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്നവനെ വരട്ട അവന്റെ സംശയം തീരത്തില്ല എന്നാ ചോദ്യം പിന്നെ ഒക്കത്തില്ല ഇതാണ് മുട്ടാത്തർക്കത്തിന്റെ ഗുണം ഇതെല്ലാം എന്തുകൊണ്ട് കാണുന്നു ഇതൊക്കെ ഉണ്ടോ ചോദിക്കും പ്രപഞ്ചം പറയുന്നത് കാണുന്നോണ്ടുണ്ട് എന്താണ് വ്യക്തി കണ്ണു സുഹൃത്തി ഇല്ല അറിയുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് ജാഗ്രത സുഹൃത്തിയിൽ ഇതില്ല ഇതില്ല എന്ന് പറയും ചോദിക്കുക അതിങ്ങനെയാ ഉറങ്ങുന്നവനെ കാണുന്നുണ്ടല്ലോ അവന് ശ്വാസോച്ഛ്വാസവും ഉണ്ട് അവൻ പിന്നെ ഉണർന്ന് എണീറ്റ് വരുന്നു ഉറക്കത്തിൽ അവൻ കിടന്നപ്പോ മഴ പെയ്തു അറിഞ്ഞില്ല പക്ഷെ ഉണർന്ന് വന്നപ്പോ ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുന്നു അപ്പോൾ ഉറക്കത്തിൽ മഴ പെയ്തു ഉറക്കത്തിൽ ലോകമുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും വീണ്ടും ജിജ്ഞാസുൻ്റെ ചോദ്യങ്ങളാണ് ഞാൻ ഉറങ്ങിയപ്പോൾ ലോകമില്ലെന്നെങ്ങനെ പറയാൻ പറ്റും ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ഈ വാച്ച് ഓടിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് മണിക്കൂർ കടന്നുപോയി ഞാനില്ല ഞാൻ ഉറങ്ങിയപ്പോൾ ലോകമില്ലെന്നെങ്ങനെ പറയാൻ മതി അതെല്ലാം ഉണർന്നിരിക്കുന്നവന്റെ അറിവാ ഉറങ്ങിയവന്റെ അറിവല്ല നീ പറയുന്നത് ഉറങ്ങിയപ്പ നിന്റെ വാച്ച് ഓടിയില്ല മഴയും പെയ്തില്ല അതൊക്കെ ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചാണ് ഇത് മുട്ടാത്തർക്കം പിന്നെ അവന് ഉത്തരം പറയാൻ പറ്റത്തില്ല അപ്പൊ ഈ ശ്വാസ അതൊക്കെ ഉണർന്നവനെ സംബന്ധിച്ചാ ഉറങ്ങിയവനെ സംബന്ധിച്ച് ശ്വാസോ വിശ്വാസമൊന്നും അവനെ സംബന്ധിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും വാസവത്തിലുള്ള അദ്വൈതത്തിൽ ഈ തർക്കത്തിലൂടെ ഒന്നും സ്ഥാപിക്കുന്നില്ല ീ തർക്കം കൊണ്ടുദ്ദേശിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുത്തർക്കങ്ങൾക്കൊരു മറുപടി പറയുക എന്നുള്ളതേ അദ്വൈത സിദ്ധാന്തത്തെ തർക്കത്തിലൂടെ ഒരിക്കലും സ്ഥാപിക്കാൻ സാധ്യമേയാണ് പക്ഷെ മറുപടി പറയാം ചോദിക്കുന്നവനെ അടിച്ചിരുത്താം പിന്നെ അവൻ്റെ നാവ് പൊങ്ങത്തില്ല മനസ്സ് സമാധാനം വരത്തില്ല ഇതെങ്ങനെ ഞാൻ ഉറങ്ങിയപ്പോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു വളർന്നു വീണ്ടും ഇതൊക്കെ കണ്ടല്ലോ അവന്റെ മനസിന്റെ അസ്വസ്ഥ മാറത്തില്ല അപ്പോ അത് ഇവിടെ സമാധാനം പറയാം എന്താണ് ഒന്ന് കേവലമായ ആത്മാവിന്റെ നില ഒന്നും ജീവന്റെ നില ആ കേവലമായ ആത്മാവിന്റെ നിലയിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എല്ലാ സമം അവിടെ ഏകമേവ് അദ്വീയം ബ്രഹ്മം ജീവന്റെ നിലയിൽ ഇതെല്ലാം ഉണ്ട് ജാഗ്രതയുണ്ട് സ്വപ്നമുണ്ട് സുഷുപ്തി ഉണ്ട് അതുകൊണ്ടാണ് ഈ ഗമന ആഗമനങ്ങളെക്കുറിച്ച് പറയുന്നത് ജീവന് സുഷക്തിയുണ്ട് ജീവന് ഈ ലോകമുണ്ട് ജീവൻ ഉടർന്ന് എങ്ങനെ ഈ അവ പറഞ്ഞു ഈ നാടികളിലൂടെ അവൻ സഞ്ചരിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അത് ജീവനെ സംബന്ധിച്ച് പ്രപഞ്ചമുള്ളത് തന്നെയാണ് അവൻ സത്തായി പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേ ജീവൻ തന്നെ തിരിച്ച് യാത്ര ചെയ്യും ആ നാടികളിലൂടെ എവിടെ നിന്നാണ് അവൻ വന്നത് തിരിച്ച് അവിടേക്ക് പോകുന്നു ആ ഹൃദയദേശത്ത് ചെല്ലുന്നു അവിടെയിരിക്കുന്നു സ്വസ്ഥമായിരിക്കുന്നു അപ്പോ ഇതൊന്നുമില്ല ആ ജീവനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വരുന്നു വീണ്ടും പോകുന്നു അപ്പോ അവിടെ ചെന്ന് സ്വസ്ഥതയെ സ്വീകരിക്കുമ്പോൾ അവൻ കൈയിട്ടു പോകുന്ന ഒരു കാര്യവുമുണ്ട് അവന് പിന്നെ ആ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല സതിസമ്പത്തിനവിതു സതിസമ്പദ് ഹേ ഞാനാ സത്തിനോടേകീഭവിച്ചു എന്നവനറിയാൻ പറ്റുന്നില്ല അവിടെ അവൻ ഇത് സർവത്തെ ഉപേക്ഷിക്കുന്നു സർവത്തെ ഉപേക്ഷിച്ച് അവൻ ആ സത്തായി തന്നെ ഇരിക്കുന്നു സത്സമ്പനായി തന്നെ ഇരിക്കുന്നു ഏകമയവും അദ്വിതീയമായി തന്നെ ഇരിക്കുന്നു വീണ്ടും അവൻ ആ ജീവഭാവത്തിലേക്ക് വരുന്നു ഇതൊഴിവാക്കാൻ എന്താ വഴി പറയുന്നു അതിന് ഇതിനു കാരണമായ ഒന്നുകൊണ്ടൊരു ബീജാവസ്ഥ അത് ഇവിടെ തന്നെയുണ്ട് ഈ ജാഗ്രതയിൽ തന്നെയുണ്ട് അതിന്റെ പേരാണ് അവിവേകൻ സ്വസ്വരൂപത്തെക്കുറിച്ച് അറിയാതിരിക്കുക അതിനെക്കുറിച്ച് ഭ്രമമുണ്ടാകുക അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകുക ഇത് മാറ്റുക ജാഗ്രത അതെന്തുകൊണ്ട് മാറും തത്വജ്ഞാനം അതിനുള്ള ഉപായം എന്താ ശ്രവണാധിപായം അത് മാറുന്നു മാറിക്കഴിഞ്ഞാൽ പിന്നെ സസമ്പത്തി എന്താ അതിന് ഉറങ്ങാൻ പോകേണ്ട കാര്യമില്ല ഇവിടെ തന്നെ സസമ്പത്തി ഇവിടെ തന്നെയാണ് സത്സമ്പത്തി എങ്കിൽ പിന്നെ സുഷുതി പോയൊരു സത്സമ്പത്തി അവന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു സ്വരൂപച്യുതി അത് സംഭവിക്കുന്നില്ല ഇവിടെ അജ്ഞനായിരിക്കുന്നത് കൊണ്ടാണ് അവന് സുഷുതി പോയൊരു സ്വരൂപസ്ഥിതിയും ഇവിടെ പിന്നെ അതിൽ നിന്നൊരു ച്യുതി സംഭവിക്കുന്നു ഇവിടെ തന്നെ അവൻ സ്വരൂപസ്ഥിതനാണെങ്കിലോ ആത്മനിഷ്ഠനാണെങ്കിലോ പിന്നെ സുഷുതി പോയി പ്രത്യേകം ഒരു സ്വരൂപസ്ഥിതിയുടെ ആവശ്യമുണ്ട് അവിടെ സുഷൃത്തി സംഭവിച്ചോട്ടെ സുഷിക്തി സംഭവിക്കാതിരിക്കട്ടെ സ്വപ്നം സംഭവിക്കട്ടെ അത് സംഭവിക്കാതിരിക്കട്ടെ അവിടെയും അവന്റെ സ്ഥിതിക്ക് മാറ്റമില്ല സ്ഥിതിക്ക് മാറ്റമില്ലാന്ന് പറഞ്ഞാൽ അവന്റെ അജ്ഞാന സംശയം പരിഹാരം ദോഷങ്ങൾ മാറിയിരിക്കുന്നു അവിവേകം നശിച്ചിരിക്കുന്നു കുറിച്ച് അവന് ബോധം വന്നിരിക്കുന്നു തനി ശരീരമല്ല മനസ്സല്ല ഇന്ദ്രിയമല്ല ബുദ്ധിയല്ല എന്നുള്ള ബോധം വരുന്നു അല്ലെങ്കിൽ താൻ തന്നെയാണ് സർവാത്മകനായിരിക്കുന്നത് അഹം ബ്രഹ്മാഅസ്മി അല്ലെങ്കിൽ സർവീതം ബ്രഹ്മ ഈ തരത്തിലുള്ള ഭാവത്തിലിരിക്കുന്നവന് സ്വരൂപചിതി കൂടെ സംഭവിച്ചിട്ടില്ല അവനൊരിക്കലും പറയാൻ കഴിയുന്നില്ല എന്താണ് ഞാൻ എന്നെ അറിയുന്നില്ല അവനൊരിക്കലും അഭിമാനിക്കുന്നില്ല ഞാൻ ഈ ശരീരമാണ് ഇതല്ല എൻ്റെ ഇതാണ് അങ്ങനെ അഭിമാനമില്ലാതിരുന്ന അഹന്ത മമത അഭിമാനമില്ലാതിരുന്ന ഒരുവന് തന്നെ കുറിച്ച് സ്വയം ബോധമില്ലാതിരുന്ന തന്നെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടാതിരുന്ന ജാഗ്രതയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അവൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷ്ട സ്വരൂപസ്ഥിതിയാണ് അതിനുവേണ്ടി സുഷ്ടത്തിയിലേക്ക് പ്രത്യേകം പോകേണ്ട കാര്യമില്ല അതുകൊണ്ടവന് അതിൽ നിന്നുള്ള സ്വരൂപച്ഛുതി സ്വരൂപ പ്രച്ഛപനം ഭാഷകാരം അത് സംഭവിക്കുന്നില്ല അതാണ് ഭാഷകാരം പറയുന്നതിന്റെ താല്പര്യം ഇക്കാര്യങ്ങളെല്ലാം അപോചാമ ഷഷ്ടയേവ് തീഹാഭി പ്രത്യേകയും മുമ്പ് തത്തമസയെ കുറിച്ചും സദേവസ്വാമി ദ്ര ആസി കൂടെ പറഞ്ഞു ഇതെല്ലാം എന്താണ് ആ സത്ത് മൂന്ന് മൂർത്തികളെ അവൻ സൃഷ്ടിച്ചു തേജോ ത്രിണി റൂപാണി ആ പിന്നെ അതിന് അവൻ ഇതെല്ലാം സൃഷ്ടിച്ചു അതിലേക്ക് അവൻ താധാന്യപ്പെട്ടു അവൻ സംസാരിയായി പിന്നവിടെ സ്വരൂപസ്ഥിതി തത്വമസീശ്രവൺ കൊണ്ട് സ്വരൂപസ്ഥിതി വരുന്നു സഹജ നിഷ്ഠാവന് വരുന്നു സദാസ്വരൂപസ്ഥിതനാണ് അവൻ സ്വയം ഒരിക്കലും തന്നെക്കുറിച്ചുള്ള അജ്ഞാനത്തിന് അധീനനാകുന്നില്ല അവന് താൻ ആരാണെന്നുള്ള കാര്യത്തിൽ സംശയവും ഉണ്ടാകുന്നില്ല ഭ്രാന്തി ഉണ്ടാകുന്നില്ല വിപര്യം അതുണ്ടാകുന്നില്ല അജ്ഞാനം അവിവേകം ഉണ്ടാകുന്നില്ല അതുകൊണ്ടവന് അജ്ഞനെപ്പോലെ അത് പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സതിസമ്പതിൻ്റെ പിതും അവൻ അറിയുന്നില്ല ഒരുവൻ അറിയുന്നു എന്നുള്ളത് സത്സമ്പദ്ധ്യറിയുന്നു രണ്ടും തമ്മിലെ വ്യത്യാസം അതിഹാബി പ്രത്യേക പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ എങ്ങനെയാണോ വിശദീകരിച്ചത് അതുപോലെ തന്നെ ഇവിടെയും ഗ്രഹിക്കണം